ജീവ േദർശനം ആത്മാരോഹിസ്മാകാശ സൂക്ഷ്മോ നിരവഹ എന്തുകൊണ്ട് പറഞ്ഞത് സൂക്ഷ്മമാണ് ംശങ്ങളില്ല നിരവയവമാണ് സർവഗതമാണ് ആകാശം സർവവ്യാപകമാണ് മറ്റു ഭൂതങ്ങളെ അപേക്ഷിച്ച് അത് സർവ വ്യാപകമാണ് മറ്റു ഭൂതങ്ങളുമായി താരമ്യം ചെയ്യുമ്പോൾ അതിന് അവയവങ്ങളില്ല അംശങ്ങളില്ല അതേകമാണ് സൂക്ഷ്മമാണ് അത് പരമാത്മാ അതിനു തുല്യമായി പരമാത്മാവിനെ കരുതുന്നു പരമാത്മാവിനെ അതിനോട് ഉപവിക്കുന്നു അതിൽ നിന്നും ക്ഷേത്രജ്ഞന്മാര് ജീവന്മാർ ഉണ്ടാകുന്നത് ഏതുപോലെ പാത്രത്തിനകത്തിരിക്കുന്ന ആകാശം പോലെ എന്നുവെച്ചാൽ അവിടെ വാസ്തവത്തിൽ പരമാത്മാവിൽ നിന്നും ജീവാത്മാവ് ഉണ്ടാകുന്നില്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അവിടെ മുഖ്യമായി അദ്വൈതത്തില് തന്നെ അജാതവാദം ആ ജാതം ഒന്നും ജനിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഒന്നും നശിക്കുന്നുമില്ല എന്നുള്ള സിദ്ധാന്തമാണ് പറയാൻ പോകുന്നത് ജീവൻ അങ്ങനെ പരമാത്മാവ് സൃഷ്ടിച്ചു പരമാത്മാവിൽ നിന്നും ജീവൻ ഉണ്ടായി അന്ന് പല രൂപത്തിൽ അതിനെക്കുറിച്ച് പറയുന്നുണ്ട് ശ്രുതിയിൽ തന്നെ പറയുന്നുണ്ട് അങ്ങനെ പറയുന്നതിന്റെയൊക്കെ താല്പര്യം എന്താണ് ഒരു പരമാത്മാവ് അതിനൊന്നും ജീവന്റെ വാസ്തവത്തിലുള്ള ഒരു സൃഷ്ടി അത് സംഭവിച്ചു എന്നല്ല സൃഷ്ടി സംഭവിച്ചു പറയുന്നു പക്ഷെ വാസ്തവത്തിൽ അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല അത് മഹാകാശത്തിൽ വ്യാപകമായ ആകാശത്തിലിരിക്കുന്ന ഏതെങ്കിലും ഒരു വസ്തുവിൻ്റെ ഉള്ളിൽ ആകാശം വരുന്നത് പോലെയാണ് അതിനെക്കുറിച്ച് വളരെ വിശദീകരിച്ച് ഉപരോധാരുണ്യത്തിനും മറ്റും ഭാഷകാരനും പറയും ഒരു കുലാലൻ കൂടെ ഉണ്ടാക്കുന്നയാള് അതിനുണ്ടാക്കി വരും ആ പാത്രം ഉണ്ടാക്കി വരുമ്പോൾ പാത്രം ഉണ്ടായിക്കഴിയുമ്പോൾ അവിടെ എന്താ ആകാശത്തിന് എന്ത് സംഭവിച്ചു അതിന്റെ അകത്തും ആകാശം കാണപ്പെടുന്നു ആ പാത്രത്തെ സൃഷ്ടിച്ചു എന്ന് പറയുന്നത് ശരിയാണ് പക്ഷെ ആകാശത്തെ അവിടെ സൃഷ്ടിച്ചില്ല അതുപോലെ പരമാത്മാവ് ഒരിക്കലും ജീവനെ സൃഷ്ടിച്ചിട്ടില്ല ആ മഹാകാശത്തിൽ ഒരു ചെറിയൊരാകാശത്തെ കൽപ്പിച്ചിട്ട് അതിന് ഘടാകാശം എന്ന് പേരു അതുപോലെ അല്ല പരമാത്മ ചൈതന്യത്തിൽ ഈ ശരീരത്തോട് ബന്ധപ്പെടുത്തി ഒരു ചൈതന്യത്തെ കൽപ്പിച്ചിട്ട് അതിന് ജീവനെന്ന് പേര് കൊടുക്കുന്നു അവിടെ നാമവും രൂപവും മാത്രമേ ഉള്ളൂ പരമാത്മാവിൽ നിന്ന് വേറിട്ടൊരു വസ്തുസ്ഥ അതിനില്ല ഇത് വളരെ വിശദമായി ചർച്ച ചെയ്യുന്നുണ്ട് അതാണ് ഇവിടെയും പറയുന്നു പറയുന്നത് അതോ അത് തന്നെ ആശയം അത് തന്നെ മറ്റൊരു തരത്തിൽ വ്യാഖ്യാനിക്കുന്നു ാശ യഥാകാശ ഉദിത ഉത്പന്ന ഉദിതെന്ന് പറയുന്ന ശബ്ദം കാര്യങ്ങൾ വരുന്നത് രണ്ടർത്ഥം പറയാം ഉദിതം ഉക്തം പറഞ്ഞത് അങ്ങനെ ഉദിതം ഉത്പന്നമായത് രണ്ടർത്ഥവും യോജിക്കും രണ്ടർത്ഥവും പറയാമെന്നുള്ളതുകൊണ്ട് രണ്ടരീതിയിലും പറയും തഥാ പരോജീവ ഉപന്നോ ജീവാത്മാനം പാത്രത്തിനകത്ത് ആകാശത്തെ കണ്ടിട്ടൊരാൾ പറയുന്നു ഇതിനകത്ത് ആകാശം ഉണ്ടായി അതുപോലെ ആ പരമാത്മാവ് ജീവാത്മാഭാവത്തിൽ ഉണ്ടായതായി ജീവാത്മഭീ ഉത്പന്നു ജീവാത്മനാ പരസ്മാത്മന ഉത്പത്രിയാ ശ്രീദേവിയേഷുന്നു അഗ്നിയിൽ നിന്നും ഉണ്ടാകുന്നതുപോലെ ആ പരമാത്മ ചൈതന്യത്തിൽ നിന്നും ജീവന്മാരുണ്ടായി എന്നും മറ്റും പറയുന്നുണ്ട് അവിടെയൊന്നും അതിന്റെ വാചി അർത്ഥത്തെടുത്തിട്ട് അങ്ങനെ വാസ്തവത്തിലൊരു സൃഷ്ടി സംഭവിച്ചു എന്ന് കരുതണ്ട അത് ഏതുപോലെ മഹാകാശാകാശ ഉത്പത്തി സമാ എന്ന പരമാർത്ഥത മഹാകാശത്തിൽ നിന്ന് പാത്രത്തിൽ ആകാശം ഉണ്ടായതുപോലെയാണ് എന്നാണ് എന്റെ താൽപര്യം നിത്യഭിപ്രായ തസ്മാവശാ സംഗാത യഥാത്പത്തി ആകാശസ്ഥാനീയ പരമാത്മ പൃഥി ഭൂതസംഗാത ആധ്യാത്മിക സ്വകാര്യ കർമ്മരക്ഷണ സർപ്പവത് വികൽപ്പിതാ ജയ തസ്മാദേശ ആ പരമാത്മാവിൽ നിന്ന് തന്നെ ഘടാതെ സംഗാധ യഥാത്പേ ഈ വസ്തുക്കൾ ഇവിടെ എങ്ങനെയാണോ ജീവന്മാർ പല വസ്തുക്കളെ സൃഷ്ടിക്കുന്നത് പാത്രങ്ങൾ സൃഷ്ടിക്കുന്നു വീട് സൃഷ്ടിക്കുന്നു പലതും ജീവൻ സൃഷ്ടിക്കുന്നു അതെങ്ങനെയാണ് ഈ ആകാശത്തിൽ ഉണ്ടാകുന്നത് ഇതെല്ലാം സൃഷ്ടിയെല്ലാം ഇവിടെ നടക്കുന്നു ഈ ആകാശത്തിലാണ് ഇത് ഭൗതികമായ ആകാശത്തിലാണ് പലതിനെയും സൃഷ്ടിക്കുന്നത് ജീവൻ അവനിവിടെ സൃഷ്ടിക്കുന്ന ഉപാദാനങ്ങളുണ്ട് മണ്ണ് എന്ന ഉപാദാനങ്ങളിലവൻ പാത്രങ്ങളും വീടും ഉണ്ടാക്കുന്നു അതുപോലെ ഇവിടെ ലഭ്യമായ ഉപാദാനങ്ങളുപയോഗിച്ച് അവൻ ഓരോ വസ്തുക്കളെ ഉണ്ടാകും അവനുണ്ടാക്കുന്ന വസ്തുക്കളെല്ലാം ഇവിടെ നിലനിൽക്കുന്നു ഈ ആകാശത്തിലാണ് ഈ ഭൗതിക ആകാശത്തിനാണ് തന്റെ സർവസൃഷ്ടി നിലനിൽക്കുന്നത് അതുപോലെ ആകാശസ്ഥാനീയ ഈ ആകാശ പോലെ ഭൂമിക്കാവുന്ന ഈ ആകാശത്തിനോട് ഭൂമിക്കാവുന്ന ആ പരമാത്മാവിൽ നിന്ന് പൃഥിവിതസങ്കാതൃ തുടങ്ങിയ ഭൂതസംഘാതങ്ങൾ ഭൂമി ജലം അഗ്നി വായു ആകാശം തുടങ്ങിയ ഈ ഭൂതങ്ങളെല്ലാം ആധ്യാത്മിക രക്ഷണ അത് ബാഹ്യമായിട്ടുള്ളത് ആധ്യാത്മികമായിട്ടുള്ളത് അതിഭൗതികങ്ങളായ വസ്തുക്കൾ ബാഹ്യമായ പദാർത്ഥങ്ങൾ ഉണ്ടാകുന്നതുപോലെ ആധ്യാത്മികമായി ഈ ജീവനോട് ചേർന്ന് ശരീരം മനസ് കരണങ്ങൾ പ്രാണന്മാരിതെല്ലാം കരണരക്ഷണം കാര്യമായ ശരീരം കർണങ്ങളായിരിക്കുന്ന ഇന്ദ്രിയങ്ങളുംമാരും മറ്റും അത് രജ്ജ സർപ്പ് സർപ്പവത്തെ പോലെ ആരോപിതമായി ഉണ്ടാകുന്നു വികൽപിതം തന്നിൽ ആരോപിതമായി ഇതുണ്ടാകുന്നു ഇത് വാസ്തവത്തിലുള്ള സൃഷ്ടിയല്ല എന്ന് പറയാൻ വേണ്ടി പറഞ്ഞു ആരോപിതമായി കല്പിതമായി ഇതെല്ലാം കൽപ്പനയിലാണ് കാണുന്നവന്റെ കൽപ്പനയിൽ ആണ് ഈ സൃഷ്ടികളെല്ലാം നിലനിൽക്കുന്നത് പരമാത്മചൈ ചൈതന്യത്തിലെ കൽപ്പനകളാണ് അതവശ്വര ഘടാധിവശ സംഘാതി അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത് ജീവൻ എങ്ങനെയാണോ ഈ വസ്തുക്കളെ സൃഷ്ടിക്കുന്നത് അതുപോലെ ആ പരമാത്മചൈതന്യത്തിൽ കൽപ്പനകളായി ഇതെല്ലാം ഉണ്ടാകുന്നു ആ പരമാത്മ ചെ കൽപ്പനകളായി പ്രതിഷയ ശിയ ആത്മനോ ജാതിരിച്ചേ ജീവാധീന തഥാ ജാതവും ഉപഗമ്യമാനായ നിദർശനം ദൃഷ്ടാന്തവും യഥോദിത ആകാശ ഇത്യാദി പരമാർത്ഥം ഇതാണ് അജാതം എന്നതാണ് പരമാർത്ഥം പരമാർത്ഥത്തിൽ അങ്ങനെ ഒന്നും സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല ആത്മഭിന്നമായി ഒന്നിനെ സൃഷ്ടിച്ചിട്ടില്ല എന്നാണ് ുമ്പ് പറഞ്ഞു ആന്തര്യാമിയുടെ ചിത്തസ്പന്ദനമാണ് പ്രപഞ്ചം എന്ന് പറഞ്ഞത് ആന്തര്യാമിയിൽ നിന്ന് അന്യമായിട്ടൊരു സൃഷ്ടിയൊന്നും ഉണ്ടായിട്ടില്ല അന്യമായി തോന്നുന്നത് ആരോപിതമായി കൽപ്പിക്കപ്പെട്ടതാണ് വാസ്തവത്തിലില്ലാത്തത് ഉണ്ട് എന്നതുപോലെ അനുഭവപ്പെടുകയാണ് ഉണ്ടെന്നതുപോലെയുള്ള അനുഭവമുണ്ട് സത്യമാണെന്നുള്ള അനുഭവമുണ്ട് പക്ഷെ ആ അനുഭവം പരമാർത്ഥമല്ല പക്ഷെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയുന്നു മന്ദബുദ്ധിയും മന്ദബുദ്ധികൾക്ക് ബുദ്ധിക്ക് സൂക്ഷ്മതയും തെളിച്ചുമില്ലാത്തവർക്ക് ഇത് ബോധ്യപ്പെടുന്നില്ല സാധാരണ ജീവന്മാർ ഇന്ദ്രിയങ്ങളിലൂടെ അനുഭവപ്പെടുന്നതിന് സത്യമെന്ന് വിശ്വസിക്കുന്നവരാണ് അങ്ങനെ കരുതുന്നവരാണ് അതാണ് മന്ദബുദ്ധി എന്ന് പറയുന്നത് ഈ തത്വത്തെ ഗ്രഹിക്കുന്നതിനുള്ള ശേഷി ബുദ്ധിക്കില്ല അതിനുള്ള ക്ഷമതയില്ല പരമാർത്ഥത്തെ ബുദ്ധി ബോധിക്കുന്നില്ല അതുകൊണ്ട് ശ്രുതി തന്നെ ചെയ്യുന്നു ആത്മനോ ജാതിരിച്ചിരി ജന്മത്തെക്കുറിച്ച് പറയുന്നു സ്വയം തന്റെ തന്റെ ജന്മത്തെക്കുറിച്ച് പറയുന്നു തത് സൃഷ്ട് പ്രാവശ്യം അതിനെ സൃഷ്ടിച്ചു സൃഷ്ടിച്ചിട്ട് അതിൽ പ്രവേശിച്ചു എന്നുള്ള തന്റെ സൃഷ്ടിയെ കുറിച്ച് പറയും കാരണം പ്രത്യക്ഷമായിരിക്കുന്ന അതിന് വിരുദ്ധമാണ് സത്യമെങ്കിൽ അത് മന്ദബുദ്ധിക്ക് ബോധിക്കാനൊക്കത്തില്ല പ്രത്യക്ഷമായി അതിനെ മാത്രമേ ഗ്രഹിക്കത്തുള്ളൂ പ്രത്യക്ഷത്തെ ഗ്രഹിക്കുന്ന സ്ഥൂലബുദ്ധിയാണ് ജീവന്മാരന് അതുകൊണ്ട് അതിനനുസരിച്ച് സൃഷ്ടിയെക്കുറിച്ച് പറഞ്ഞു താൻ കാണുന്നതിനൊരു സമാധാനം എന്നുള്ളതാണെങ്കിൽ അതിൽ സൂക്ഷ്മബുദ്ധികൾക്ക് വേണ്ടി തെളിഞ്ഞ ബുദ്ധികൾക്ക് വേണ്ടി പറയുന്നു അത് കല്പിതമാണ് അത് സൃഷ്ടാവൽ നിന്ന് അന്യമല്ല പരമാർത്ഥത്തിൽ ഒരു സൃഷ്ടിയില്ല സ്രഷ്ടാവ് സൃഷ്ടി എന്നുള്ള മാത്രമേ ഉള്ളൂ അത് മാത്രമേ സത്യമായിട്ടുള്ളൂ എന്നിങ്ങനെ ബോധിപ്പിക്കുന്നു ഉപഗമ്യമാനായം ഏതൊന്നും നിദർശനം ദൃഷ്ടാന്തവും അങ്ങനെ സൃഷ്ടിയുണ്ട് എന്നൊരുവന് ധാരണയുള്ളപ്പോ സൃഷ്ടി അവൻ അംഗീകരിക്കുമ്പോ അല്ലെങ്കിൽ ഈശ്വരനാണ് ഇതിനെയൊക്കെ സൃഷ്ടിച്ചതെന്ന് സത്യമായി അവൻ കരുതുമ്പോ പിന്നെ ഈ ദൃഷ്ടാന്തം പറയുന്നത് ആകാശത്തെ പോലെയാണ് നിനക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന സൃഷ്ടി സത്യമല്ല അങ്ങനെ ഒന്നും പരമാണുധത്തിൽ സംഭവിച്ചിട്ടില്ല മാത്രമേ ഉള്ളൂ പരമാത്മാവിൽ നിന്നും വേറിട്ടൊരു സൃഷ്ടിയില്ല എന്നുള്ള പരമാർത്ഥത്തെ ഒടുവിൽ പറയുന്നു ആദ്യം സൃഷ്ടിയെക്കുറിച്ച് പറഞ്ഞിട്ട് പിന്നീട് എന്താണ് പരമാർത്ഥത്തിലുള്ളതെന്ന് രണ്ടാമത് പറയുന്നതാണ് എന്തുകൊണ്ട് യുവന്മാർ അത്ഗ്രഹിക്കുന്നതിനുള്ള യോഗ്യത ഇല്ലാത്തത് അതുകൊണ്ട് സൃഷ്ടിക്ക് ഏറ്റവും നല്ല ദൃഷ്ടാന്തം ഇതാണ് ഘടാകാശവും മഹാകാശവും സൃഷ്ടിയുടെ പരമാർത്ഥത്തെ ബോധിക്കുന്നതിന് എന്നാണ് പറയുന്നത് ആത്മാ ആകാശവീവേരു ഘടാകാശേരി ബോധിത ഘടാധിവത്സങ്കാതേര് ജാതാവേദ നിദർശനം ണീനേഷുത്പത്തി ആകാശാദ്യുത്പത്തി ഘടാതി പ്രളയ ആകാശാണയ ംഘാതോത്പത്തി ജീവോത്പത്തിളയ ജീവാനാം ഇഹ ആത്മനിപ്രളയോ നൃഷ്ടിപ്രളയങ്ങളെ ഈ പറഞ്ഞ ദൃഷ്ടാന്തത്തിലൂടെ മനസ്സിലാക്കാൻ വേണ്ടി പറയും പാത്രത്തെ ഉണ്ടാക്കുമ്പോ അവിടെ പറയുന്നു അതാ ഇവിടെ ആകാശം ഉണ്ടായി ഘടാകാശം ഉണ്ടായി അതിനകത്തുള്ള ആകാശം കാശത്തിനകവും പറവുമില്ല അകത്തുള്ള ആകാശം പുറത്തുള്ള ആകാശം എന്ന് പറയുന്നത് സത്യമല്ല എന്നാലും അങ്ങനെ പറയുന്നു എന്നകത്തുള്ള ആകാശം പുറത്തുള്ള ആകാശം ആകാശം എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് ആ ഇടം ശൂന്യത നമ്മൾ കാണുന്ന ശൂന്യത അതാണ് മോളിൽ കാണുന്ന ആകാശത്തെയല്ല ഒരു വസ്തുവിൽ കാണുന്ന നമ്മൾ കാണുന്ന ആ ശൂന്യത മറ്റുള്ളതിന് ഇടം നൽകുന്ന ആ അവസ്ഥ അതിലകം കുറവൊന്നില്ല ഒന്നേ ഉള്ളൂ എന്നാലും ഒരു പാത്രത്തെ ഉണ്ടാക്കിപ്പോ ഏതെങ്കിലും ഒരു വസ്തുവിനെ കാണുമ്പോൾ നമ്മൾ അതിൻ്റെ അതിനുള്ളിൽ ഇടം ഉണ്ടെന്ന് പറയുന്നു പുറമേയും ആ ഇടം നിലനിൽക്കുന്നു പറയുന്നു യഥാരി ഘടാതിക്കളെ ഇനി അവസ്ഥ നശിച്ചാലോ പാത്രം നശിച്ചു കഴിഞ്ഞാലോ ഘടാകാശാദി പ്രളയാവും പിന്നീട് നമുക്ക് ആ ഉള്ളിലെ ആകാശമൊന്നും പറയാൻ കഴിയുന്നില്ല പുറമെയുള്ള ആകാശമൊന്നും വേർതിരിക്കാനും കഴിയുന്നില്ല നമ്മൾ സ്വാഭാവികമായിട്ട് ധരിക്കുന്നു ആകാശം നഷ്ടപ്പെട്ടു അതുപോലെ ദേഹാദി സംഘാത ഉത്പത്യ ദേഹാദിസംഘാത ഉത്പത്തി ദേഹാദിസംഘാതത്തിന്റെ സംഘാതം എന്ന് ഒരു ഉപാധിയിലൂടെ ജീവോത്പത്തി ജീവൻ ഉണ്ടായതായി കരുതുന്നു തത്പ്രളയെ ദേഹം നശിക്കുമ്പോൾ ജീവന്റെ നാശവും പറയും പക്ഷെ ഇത് രണ്ടും വാസ്തവമല്ല നദ ഉത്പത്തി നാശവും നേരത്തെ പറഞ്ഞെന്താണ് ന ബദ്ധ ന സാധക ന മുമ്മുഷു എന്നെണ്ണം പറഞ്ഞു ബന്ധത്തിൽ നിന്നും മോചിക്കാൻ ോക്ഷത്തിലെന്താ സംഭവിക്കുന്നത് പ്രത്യേകിച്ചൊന്നും സംഭവിക്കുന്നില്ല എന്നാണ് ബന്ധത്തിലെന്താ സംഭവിച്ച അവിടെയും പ്രത്യേകിച്ചൊന്നും സംഭവിച്ചിട്ടില്ല പാത്രത്തെ ഉണ്ടാക്കിയിട്ട് വെറുതെ ആരോപിക്കുന്നു പാത്രത്തിനുള്ളിൽ ഇടമുണ്ടെന്ന് പാത്രം നശിച്ചു കഴിഞ്ഞാൽ അവിടെ വിശേഷിച്ചൊന്നും സംഭവിക്കുന്നില്ല മുമ്പുണ്ടായിരുന്ന ആ ഇടം തന്നെ പാത്രം ഉണ്ടായപ്പോഴും പാത്രം നശിച്ചപ്പോഴും സംഭവിക്കുന്നു അതുപോലെ ഇവിടെ സംഭവിക്കുന്നുണ്ട് ശരീരത്തിന്റെ ഉത്പത്തി ശരീരത്തിന്റെ നാശം ഇതെല്ലാം സംഭവിക്കുമ്പോൾ അവിടെ ജീവൻ ജീവൻ നശിച്ചതായും ജീവൻ ബന്ധനത്തിൽപ്പെട്ടതായും ജീവൻ മോക്ഷ മുക്തനായതായും എല്ലാം കൽപ്പിക്കുകയാണ് അത് സമുദ്രത്തിലെ തിരകളെ പോലെ ഈ ഭൂതങ്ങൾ പ്രത്യക്ഷപ്പെടലും വിലയവും അതാ സംഭവിക്കുന്നു ചിത്സമുദ്രത്തിലെ തിരകൾ അത് ഉത്പന്നമാകുന്നു വിലയിക്കുന്നു ഈ ഭൂതസംഘാതങ്ങളോ ജീവന്റെ കാര്യം നമുക്ക് മനസ്സിലാക്കാം അത് ആകാശ സമാനമാണ് ഭൂതസംഘാതങ്ങളോ ആ ഭൂതസംഘാതങ്ങളും സമുദ്രത്തിൽ നിന്നെങ്ങനെയാണോ തിരവേറെ അല്ലാതിരിക്കുന്നത് അതുപോലെ ആ ചിത് സമുദ്രത്തിലെ ഭാവങ്ങളാണ് അതാ സമുദ്രത്തിൽ നിന്ന് വേറിട്ടല്ല അപ്പൊ ആ ഭൂതസംഗാതവും വേറെ ആയിട്ടുണ്ടായിട്ടില്ല ആ ഭൂതസംഘാതം കൊണ്ട് നമ്മൾ കരുതുന്ന ജീവഭാവവും വേറെ ഉണ്ടായിട്ടില്ല ഉണ്ടാകുകയും നശിക്കുകയും ചെയ്യുന്നില്ല പരമാർത്ഥത്തിൽ അതുകൊണ്ട് ആണ് ഇവിടെ അജാതം അജാതം എന്ന് പറയുന്നത് ഇതാണ് അദ്വൈതം ഇവിടെ നമ്മൾ പാത്രത്തെ ഉണ്ടാക്കുന്നു പാത്രത്തെ നശിപ്പിക്കുന്നു അവിടെ നമ്മൾ പാത്രത്തെ ഉണ്ടാക്കുകയും നശിപ്പിക്കുകയും ചെയ്യുന്നു അവിടെ ആ പാത്രം ഉണ്ടായപ്പോ ആകാശം പ്രത്യക്ഷപ്പെട്ടു നശിച്ചപ്പോ ആകാശം പ്രത്യേകിച്ച് നിലനിൽക്കുന്നുണ്ട് ആത്മഭാവത്തെ മനസ്സിലാക്കാൻ എളുപ്പമാണ് പാത്രത്തിനകത്തൊരാകാശവും പുറത്തൊരാകാശമൊന്നൊരാകാശമില്ല പക്ഷെ ആ പാത്രങ്ങളോ അതുണ്ടായല്ലോ എന്ന് ചെയ്തു അതിന്റെ ഒരു സൃഷ്ടി കാണുന്നുണ്ടല്ലോ അതുണ്ടായതുകൊണ്ടാണല്ലോ ഈ ഭേദം വന്നത് പാത്രത്തിന്റെ ഉള്ളിലാകാശം പുരങ്ങളിലാകാശം ആ പാത്രത്തിന്റെ സൃഷ്ടിയും ഇടയത്തെയും അംഗീകരിക്കുന്നു എന്ന് ചോദിച്ചാൽ അതും അംഗീകരിക്കുന്നു എന്തുകൊണ്ട് ആ പാത്രവും മണ്ണ് തന്നെയാണ് മണ്ണിൽ നിന്ന് വേറിട്ട് പാത്രം എന്ന് പറയുന്നൊന്നും ഉണ്ടായില്ല മണ്ണിൽ നിന്ന് വേർതിരിച്ച് പാത്രം എന്ന് പറയുന്ന ഒരു വസ്തുവിന് നമുക്ക് മണ്ണിൽ നിന്ന് വേർതിരിച്ച് എടുക്കാൻ കഴിയുന്നില്ല അത് മണ്ണ് തന്നെയാണ് അതുപോലെ ഈ ജീവചൈതന്യം ഈ ജീവചൈതന്യത്തെ വേർതിരിപ്പിക്കുന്ന ഈ ശരീരം കരണങ്ങളിതെല്ലാം ആ ചിതാകാശ സമുദ്രത്തിലെ അലകളാണ് അത് സമുദ്രത്തിൽ നിന്ന് വേറിട്ടൊന്നും ഇല്ല ഉണ്ടായിട്ടില്ല ശരീരവും ഉണ്ടായിട്ടില്ല ആകാശത്തിൽ ഇത് കൽപ്പിക്കുന്നു പാത്രത്തെയും അതിനുള്ളിൽ ആകാശത്തെയും കൽപ്പിക്കുന്നു സമുദ്രത്തിൽ അലകളെ കൽപ്പിക്കുന്നു സമുദ്രത്തിലെ അലകളെ എന്തുകൊണ്ട് കൽപ്പിക്കുന്നു വാസ്തവത്തിൽ അവിടെ കാണുകയാണല്ലോ അലകൾ അവിടെ വായു വീശുന്നതുകൊണ്ട് അലകളുണ്ടാകുന്നു അതുപോലെ ഏകമായിരിക്കുന്ന ഈ ചിത് സമുദ്രത്തിൽ എങ്ങനെ അലകളുണ്ടാവും ഒന്നല്ലേ ഉള്ളു പറയുന്നു അതിന്റെ നിന്ന് മായാശക്തി കൊണ്ട് അന്തർവചനീയമായിരിക്കുന്ന മായാശക്തി ആ ചി സമുദ്രത്തിൽ നിന്നും വേർതിരിക്കാൻ കഴിയാത്ത മായാശക്തി അന്നൊരിക്കലും വേർതിരിക്കാൻ കഴിയാത്തതായ ആ മായാശക്തി കൊണ്ടവിടെ അനുകൾ ഉണ്ടാകും ആ മായാശക്തി അതുതന്നെയാണ് അതിൽ നിന്ന് വേറിട്ടൊന്നുണ്ട് ഒന്നും തന്നെ അതിൽ നിന്ന് വേറിട്ടുണ്ടായിട്ടില്ല ആ മായാശക്തി കൊണ്ട് ജീവഭാവം തോന്നുന്നു ശരീരാതിഭേദങ്ങൾ അനുഭവപ്പെടുന്നു ഉണ്ടായതായി തോന്നുന്നു ബദ്ധനാണെന്ന് അനുഭവപ്പെടുന്നു മുക്തനാണെന്ന് അനുഭവപ്പെടുന്നു ഇതെല്ലാം ആ മായാശക്തി കൊണ്ട് തോന്നുന്നതാണ് ആ മായാശക്തി ഇവിടെ പറയുന്ന ആ സമുദ്രത്തിൽ നിന്ന് വേറിട്ടല്ലതാണ് അതൊന്നും ഒരു തരത്തിൽ തന്നെ വരുതിരിക്കാൻ കഴിയാത്തതാണ് അതാണ് ഇവിടെ സംഭവിക്കുന്നത് അതുകൊണ്ട് വാസ്തവത്തിലുള്ള സൃഷ്ടി പ്രളയങ്ങൾ ഇവിടെ സംഭവിക്കുന്നില്ല അദ്വൈതമാണ് പരമാർത്ഥം എന്നാണ് പറയുന്നത് അദ്വൈതത്തിൽ നിന്നും അന്യമായി സൃഷ്ടിയൊന്നുമില്ല എന്നെല്ലാം പറഞ്ഞു അദ്വൈതത്തെ അങ്ങനെ യുക്തി കൊണ്ട് സമർപ്പിക്കുമ്പോൾ ദൃഷ്ടാന്തങ്ങളെല്ലാം കൊണ്ടുവന്ന് സമർപ്പിക്കുമ്പോൾ അത് അനുഭവത്തിന് വിരുദ്ധമായി വരുന്നു അദ്വൈതം എന്ന് പറയുമ്പോൾ ഏകമായ ആത്ഭവം മാത്രമേ ഉള്ളൂ ഇവിടെ അനേക ജീവന്മാരെ കാണുന്നുണ്ട് അനേക ശരീരങ്ങളിൽ അനേക ജീവന്മാരെ അനുഭവപ്പെടുന്നു ഇതെല്ലാം ഒന്നാണെന്നാണ് പറയുന്നത് ഒരേ ഒരു പരമാർത്ഥ സത്തയാണ് എന്ന് പറയുമ്പോൾ അവിടെ ഒരു ചോദ്യം ഇനി തന്നെ ഒന്നാണെങ്കിൽ ഒരാൾ ബദ്ധൻ വേറൊരാൾ മുക്തൻ എന്നുള്ള ഈ അനുഭവം അങ്ങനെ വരുന്നു ഒന്നുകിൽ എല്ലാവരും ബദ്ധന്മാരായിരിക്കും അല്ലെങ്കിൽ എല്ലാവരും മുക്തരായിരിക്കും അതുമാത്രമല്ല ഓരോ ജീവന്റെയും പ്രത്യക്ഷ അനുഭവത്തിൽ കാണുന്നതാണ് എല്ലാം ഒരേ ഒരു സത്യാണെങ്കിൽ ഒരുവൻ സുഖിയായിരിക്കുമ്പോൾ വേറൊരുവൻ ദുഃഖിയായിരിക്കുന്ന എന്തുകൊണ്ട് ഒരേ സത്യയാണെങ്കിൽ ഒരേ അനുഭവമാണ് ഉണ്ടാകുന്നത് ഈ അനുഭവ വ്യത്യാസം എന്തുകൊണ്ടുണ്ടാകുന്നു ഇതുണ്ടാകാൻ പാടില്ല പരമാർത്ഥത്തിൽ ഏകമാണ് ആത്മാവെന്ന് ഈ ദ്വൈതത്തെ സ്വീകരിച്ചിരിക്കുന്നവരെല്ലാം ദ്വൈതമെന്ന് പറയുന്ന തത്വത്തെ സ്വീകരിക്കുന്നതിന് പ്രധാനമായ കാരണം എന്താണ് പഴയാചാര്യന്മാർ ഇവിടെ ഇപ്പോൾ ദ്വൈതികളായി പറയുന്നത് ശങ്കരാചാര്യർക്ക് മുമ്പുള്ളവരാണ് സംഖ്യന്മാർ നൈയായികന്മാർ വൈശേഷികന്മാർ അവരെല്ലാം പറയുന്നെന്താണ് ആത്മാവിനെ പരമാത്മാവിനെ ഏകമായി സ്വീകരിക്കാൻ സാധ്യമുണ്ട് സാധ്യമായി കഴിഞ്ഞാൽ അത് അനുഭവത്തിന് വിരോധമാകും എന്താണ് അനുഭവത്തിന് വിരോധം വരുന്നത് മുമ്പ് പറഞ്ഞത് ഒരാൾ സുഖിയായിരിക്കുമ്പോൾ മറ്റൊരാൾ ദുഃഖിയായിരിക്കുമോ രണ്ട് ശരീരത്തിനുള്ളതിന് ഒരേ ആത്മാവാണ് ഇരിക്കുന്നതെങ്കിൽ ഒരേ സമയം സുഖകൃത്വ അനുഭവങ്ങൾ സർവ ഒരുപോലെ അനുഭവപ്പെടും അതാണ് പ്രധാനമായി പറയുന്നത് എന്താണോ ഓരോ ശരീരത്തിനും ഓരോ ആത്മാവാണ് വേറെ വേറെയാണ് എന്ന് പറഞ്ഞാലേ അതിന് സമാധാനം ഉണ്ടാകത്തുള്ളൂന്നാണ് ഓരോ ശരീരത്തിനും വേറെ ആത്മാവായതുകൊണ്ട് ഒരാൾക്ക് സുഖാനുൾപ്പെടുമ്പോൾ ഒരാൾക്ക് ദുഃഖനുപെടും ഇതാണ് സാമാന്യ വ്യക്തിക്ക് നിരക്കുന്നത് ഇതാണ് സർവാനുഭവസിദ്ധമായിരിക്കുന്ന കാര്യം അദ്വൈതം അനുഭവവിരുദ്ധമായി കഴിഞ്ഞാൽ അത് സ്വീകരിക്കാൻ പറ്റത്തില്ല അതീന്ദ്രിയമായ കാര്യങ്ങളെ നമ്മൾ വിശ്വാസം കൊണ്ട് സ്വീകരിക്കാം സ്വർഗമുണ്ട് ദേവതമാരുണ്ട് ഇതെല്ലാം കേവലം വിശ്വാസം കൊണ്ട് അല്ലെങ്കിൽ ശ്രദ്ധ കൊണ്ട് ശാസ്ത്രം പറഞ്ഞു ഗുരു പറഞ്ഞു അതിനൊക്കെയുള്ള ശ്രദ്ധ കൊണ്ട് സ്വീകരിക്കാം പക്ഷേ പ്രത്യക്ഷമായ അനുഭവത്തിന് വിരുദ്ധമായ കാര്യം പറഞ്ഞാൽ അത് ശ്രദ്ധ കൊണ്ട് സ്വീകരിക്കാൻ പറ്റത്തില്ല വിശ്വാസം കൊണ്ടത് സ്വീകരിക്കാൻ പ്രയാസമാണ് പറയുന്ന കാര്യത്തെ യുക്തി കൊണ്ട് ബോധ്യപ്പെടുത്തേണ്ടി വരും അതാ കേവലം നേറി വിശ്വസിക്കണമെന്ന് പറഞ്ഞാൽ സ്വീകരിക്കുന്നു ആർക്കും സ്വീകരിക്കാൻ പറ്റുന്നു മറ്റത് അന്ധത കൊണ്ട് സ്വീകരിക്കാം ഗുരുവിലുള്ള അന്ധത കൊണ്ട് ഗുരു പറയുന്നതിന് സ്വീകരിക്കാം ശാസ്ത്രത്തിലുള്ള അന്ധത കൊണ്ട് ശാസ്ത്രം പറയുന്നതിന് സ്വീകരിക്കും പക്ഷെ സ്വ അനുഭവത്തിന് വിരുദ്ധമായി വന്നാലോ അതെങ്ങനെ സ്വീകരിക്കാൻ പറ്റും അദ്വൈതമെന്ന് പറയുന്നത് ആ അനുഭവത്തിന് വിരുദ്ധമാണ് കാരണം സർവശരീരങ്ങൾ ഒരു ചൈതന്യമാണെങ്കിൽ ഈ ഭേദം അനുഭവപ്പെടാൻ പാടില്ല അങ്ങനെ അനുഭവപ്പെടുന്നുണ്ടെങ്കിലും അദ്വൈതമാണെന്ന് നീ വിശ്വസിച്ചോളെന്ന് പറഞ്ഞാലോ അങ്ങനെ ഒരു അദ്വൈതത്തെ സ്വീകരിക്കാൻ യുക്തിബോധമുള്ളവർ തയ്യാറാകത്തില്ല അതുകൊണ്ടാണ് ആ വിഷയത്തെവിടെ ദീർഘമായി ചർച്ച ചെയ്യുന്നത് അദ്വൈതം എന്ന് പറയുന്നത് ശങ്കരാചാര്യര് അതിനെ അവതരിപ്പിക്കുന്നതിന് മുമ്പ് വരെ അത് കേവലം വ്യക്തിനിഷ്ഠമായ അനുഭവമായിരുന്നു കൃഷിമാരുടെ അനുഭവം ഋഷിമാര് പറയുന്നതാണ് സർവം കല് ബ്രഹ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കേവലമായ ഒരു വ്യക്തിയുടെ അനുഭവമാണ് ആ വ്യക്തിയുടെ അനുഭവത്തെ യുക്തിയുക്തമായി ചിന്തിക്കുന്ന ഒരാളെ അത് ബോധ്യപ്പെടുത്തണമെങ്കിൽ അത് ഞാൻ പറയുന്നു അതുകൊണ്ട് നീ വിശ്വസിച്ചോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മന്ദബുദ്ധിയെ സ്വീകരിക്കുന്നു യുക്തി ചിന്ത ചെയ്യുന്നവരോ അത് സ്വീകരിക്കാൻ പറ്റത്തില്ല അപ്പം യുക്തിയുക്തമായി താൻ പറയുന്ന കാര്യത്തിനെ ബോധ്യപ്പെടുത്തണം അതിനു വേണ്ടിയിട്ടാണ് ആചാര്യസ്വാമികൾ ഈ ഭാഷയുണ്ടായിരുന്നത് അപ്പോഴാണ് അദ്വൈത ശാസ്ത്രമുണ്ടായത് അതിനൊന്നും അദ്വീതത്തിന് ശാസ്ത്രം ഉണ്ടായിരുന്നു ഇവരെ ശ്രുതി മാത്രം യശുമാരുടെ അനുഭവങ്ങളെ അവിടെ വെളിപ്പെടുത്തി അവരുടെ അനുഭവത്തിൽ അവർ പറഞ്ഞു എന്താണ് സർവീതം ബ്രഹ്മത്മാ ബ്രഹ്മ തത്വ മസീദ് എല്ലാം പറഞ്ഞു പരമാത്മാവിന്റെ ഏകത്വത്തെ അവർ പറഞ്ഞു പക്ഷെ അത് യുക്തി ചിന്തകർക്ക് സ്വീകരിക്കാൻ വയ്യാത്ത കൊണ്ടാണ് ശ്രുതിങ്ങനെ പറഞ്ഞതിന് ശേഷവും കപിലനും ഗൗതമനും പ്രണാതനും എല്ലാം യുക്തിപരമായി ആത്മഭേദത്തെ സമർപ്പിച്ചത് അവർ യുക്തിയുക്തമായി ചിന്തിച്ചവരാണ് അവരെന്ത് പറഞ്ഞു ആത്മാവിന്റെ ഏകത്വത്തെ അങ്ങനെ അംഗീകരിക്കാൻ സാധ്യമല്ല അംഗീകരിച്ചു കഴിഞ്ഞാൽ പ്രത്യക്ഷ അനുഭവത്തിനും വിരോധം വരും അത് പറഞ്ഞപ്പോ അതിന് യുക്തിപരമായി അതാണ് കൂടുതൽ യുക്തിപരമായി തോന്നിയത് അതുകൊണ്ട് അതിനെ യുക്തിപരമായി ചിന്തിക്കുന്ന അനുയായികളും ധാരാളമായി ഉണ്ടായി ഇപ്പൊ ശ്രുതിയിലെല്ലാം അദ്വൈതം അങ്ങനെ വെളിപ്പെടുത്തിയിരുന്നെങ്കിലും ആചാര്യസ്വാമികളുടെ കാലത്ത് അദ്വൈതത്തെ അംഗീകരിച്ചിരുന്നില്ല കാരണം അത് യുക്തിക്ക് നിരക്കുന്നതല്ല അപൂർവം ചിലർ അതങ്ങനെ സ്വീകരിച്ചിരുന്നുണ്ടെങ്കിലും യുദ്ധസഭകളിൽ അതിനെ അംഗീകരിച്ചിരുന്നുണ്ട് ഒരു ശാസ്ത്ര ചർച്ചയ്ക്ക് വേണ്ടി വരുമ്പോൾ കേവലം ശ്രുതി പ്രമാണം കൊണ്ട് മാത്രം അതിനെ അംഗീകരിക്കാൻ ആൾക്കാർ തയ്യാറായി കാരണം അനുഭവത്തിന് നിലപാക്കുന്നുണ്ട് അതുകൊണ്ടാണ് വാദപ്രതിവാദങ്ങളും മറ്റും വേണ്ടിവത് യുക്തിയിലൂടെയും ഇത് സമ്മർദ്ദിക്കാം അതാണ് അദ്വൈത പ്രകടനത്തിന്റെ തുടക്കത്തിൽ അദ്വൈതത്തെ യുക്തിയിലൂടെയും സമ്മർദ്ദിക്കാം കേവലം സ്ഥിതി പ്രമാണത്തിലൂടെ മാത്രമല്ല ഒരു ഗുരു ഒരു ശിഷ്യനോട് ഉപദേശിച്ചത് തത്ത്വസി എന്ന് ഉപദേശിക്കുമ്പോൾ അയാൾക്ക് ബോധ്യപ്പെടുകയാണ് അദ്വൈത അയാൾ സാക്ഷാത്കരിക്കുകയാണ് അദ്വൈത അയാൾക്ക് അനുഭവപ്പെടുകയാണെങ്കിൽ അവിടെ പ്രശ്നം തീർന്നു പക്ഷെ അത് ഒരു വിദ്വാൻമാരുടെ ഇടയിൽ അത് അവിടെ അവതരിപ്പിക്കണമെങ്കിൽ അതിന്റെ യുക്തികൾ വേണം അതിന്റെ ഹേതുക്കൾ വേണം അതിനെ സമർത്ഥിക്കണം അതിനെ ബോധ്യപ്പെടുത്തണം അത് കഴിയാതിരുന്നതുകൊണ്ട് ശങ്കരാചാര്യർ വരുന്നതുവരെ അത് ശരിക്കും വേണ്ട രീതിയിൽ ആർക്കും കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് ആചാര്യസ്വാമികൾ അതിന് ശ്രമിച്ചപ്പോൾ എന്ത് അതിനു മുമ്പുണ്ടായിരുന്ന ദ്വൈതവാദങ്ങളെയൊക്കെ നിഷേധിക്കേണ്ടി വരും സാഖ്യം യോഗം ന്യായം വൈശേഷികം ഇതിനെല്ലാം നിഷേധിച്ചു ഇവരെല്ലാവരും ആത്മാവിന്റെ അനേകത്വത്തെ അംഗീകരിക്കുന്നവരാണ് അതാണ് ഇവിടെ ആ ചർച്ച വരുന്നത് ഇവിടെ പൂർവാചാര്യന്മാരെ എല്ലാം വളരെ ബഹുമാനത്തോടുകൂടി തന്നെ നിഷേധിക്കുകയാണ് ചെയ്യുന്നു അഞ്ചര് സ്വാമിയുടെ തന്നെ ഈ കപിലൻ പ്രണാതൻ തുടങ്ങിയവരെയൊക്കെ കുറിച്ച് വളരെ ബഹുമാനത്തോടുകൂടിയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും അതൊക്കെ നിഷേധിക്കാൻ വേണ്ടിയിട്ടാണ് ഒരിക്കലും അംഗീകരിക്കാൻ വേണ്ടിയിട്ടല്ല അവർ അംഗീകരിക്കാൻ പറ്റത്തില്ല കാരണം ഒരാത്മാവിന്റെ നാനാത്വത്തെവർ അംഗീകരിക്കുന്നു അത് ശ്രുതിയിൽ പറഞ്ഞിരിക്കുന്ന ആദ്വൈത അനുഭവത്തിന് വിരുദ്ധമാണ് മറ്റുള്ളവർ യുക്തിയിലൂടെ കണ്ടെത്തിയ ആ ആത്മഭേദത്തെ അജരസ്വാമികൾ എന്ത് ചെയ്യുന്നു അനുഭവത്തെയും യുക്തിയെയും ആശ്രയിച്ചിട്ട് നിഷേധിക്കുന്നു അതാണ് ഇവിടെ എന്നാലേ അദ്വൈതത്തിന്റെ സമർത്ഥനം സാധ്യമാവും അതുകൊണ്ട് ഇവിടെ ഭൂറുപക്ഷം സമാധാനം ചോദ്യം ഉത്തരം എന്നുള്ള നിലയിൽ ആ അദ്വൈതത്തെ ഇവിടെ സർവദേഹേഷു ആത്മാ ഏകത്വ ഏകസ്മിൻ ജനന മരണസുഖാധിമത്യാത്മനി സർവാത്മനാം തസംബന്ധ ക്രിയാഫല സൌന്ദര്യം ചാ എന്തുകൊണ്ട് പ്രണാഥനും കപിലനും മറ്റും അനേകാത്മാക്കളെ സ്വീകരിച്ചു അതിന് സമാധാനം പറയുന്നു അവരുടെ സമാധാനമാണ് സർവദേഹേഷു ആത്മ ഏകത്വ എല്ലാ ദേഹങ്ങളിലും ഒരാത്മാവാണ് ഇരിക്കുന്നതെന്ന് വന്നാൽ ഏകസ്മിൻ ജനന മരണ സുഖ ദുഃഖാധിമത്യാത്മനി ശരീരത്തിൽ ജനനം മരണം സുഖം ദുഃഖം ഇതെല്ലാം വന്നു കഴിഞ്ഞാൽ സർവാത്മനാത്ത സംബന്ധ എല്ലാവർക്കും അതെല്ലാം അനുഭവപ്പെടുന്നു ഒരാത്മാവാണ് അതാണ് കൂടുതൽ യുക്തമായിരിക്കുന്നത് ക്രിയാഫല സാങ്കരി താൻ ഒരു കർമ്മം ചെയ്യുന്നു ഞാൻ സ്വർഗത്തിനു വേണ്ടി യാഗം ചെയ്താൽ ഞാനല്ല എല്ലാവരും സ്വർഗത്തിൽ പോണം ഞാൻ നരകത്തിന് ഹേതുവായ ഒരു ഹിംസ ചെയ്തു കഴിഞ്ഞാൽ എല്ലാവരും നരകത്തിൽ പോകേണ്ടി വരും ക്രിയാഫല സാങ്കര്യം സംഭവിക്കും ഇതി ആഹുദ്വൈതിന് അതാണ് ദ്വൈതികളെന്ന് പറയുന്നത് സാങ്കര്യം എന്ന് വെച്ചാൽ കൂടിക്കലരൽ മലയാളത്തിൽ പറയുന്ന താൻ പ്രതി ഈതമിച്ചിതേ അവരോട് പറയുകയാണ് ദ്വൈതികളോട് പറയുകയാണെന്നുള്ളത് ശങ്കരാചാര്യർ ദ്വൈതത്തെ നിഷേധിച്ച് അദ്വൈതത്തെ സമർത്ഥിച്ചു പിൽക്കാലത്തിന് അദ്വൈതത്തിന് ശങ്കരാചാര്യർക്ക് ശേഷം ഒരുപാട് അനുയായികളുണ്ടായി എന്നിട്ടും അവസാനിച്ചിട്ടില്ല ദ്വൈതത്തെ പിന്തുടരാൻ പിന്നീട് ആചാര്യന്മാരുണ്ടാകും അവർ കപിലന്റെയും കണാദന്റെയും മറ്റും ദ്വൈതത്തെ ഒന്നുകൂടി പരിഷ്കരിച്ച് വീണ്ടും ഒരു ദ്വൈതസമ്പ്രദായങ്ങൾ നടത്തിട്ട് വരുത്തിയിട്ടുണ്ട് പക്ഷെ എന്നാലും ആ ദ്വൈതത്തെ നിഷേധിക്കുന്നതിനു വേണ്ടി ആചാര്യസ്വാമികൾ ഉപയോഗിച്ച യുക്തികളും സ്വാനുഭവവും മറ്റുള്ളതിനേക്കാൾ പ്രബലമായതുകൊണ്ട് അദ്വൈതത്തിന് തന്നെ പ്രചാരമുണ്ടായി അതുകൊണ്ടാണ് അദ്വൈതം ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്നത് അതിനുപയോഗിച്ചത് വളരെ പ്രബലമായ യുക്തികളാണ് യഥാ ഏകസ്വിൻ ഘടാകാശേ രജോധൂമാതിപര് യുദ്ധേ സംയുക്തോ ആത്മഭേദത്തെ നിഷേധിക്കണമെങ്കിൽ ഒരേ ഒരു വഴിയോ അതാണ് ശങ്കരാചാര്യ സ്വീകരിച്ചത് മറ്റൊരു വഴിയും മറ്റൊരു തരത്തിലും ദൈതത്തെ നിഷേധിക്കാനും സാധ്യമല്ല ആർക്കും എന്താണോ ഈ ഭേദം ഞാൻ നീ എന്നുള്ള ഈ ഭേദം ഇത് കല്പിതമായി അംഗീകരിക്കുക ഇതാരോപിതമായി അംഗീകരിക്കുക ഇത് ഇതുകൊണ്ട് മാത്രമേ ദുരിതത്തെ നിഷേധിക്കാൻ പറ്റൂ ദുരിതവും അദ്വൈതവും തമ്മിലുള്ള വ്യത്യാസം ഇതാണ് ദ്വൈതത്തിൽ ഈ ഭേദത്തെ സത്യമായി സ്വീകരിക്കുന്നു അദ്വൈതത്തിൽ ഈ ഭേദത്തെ കത്യുതമായി സ്വീകരിക്കുന്നു ആ ഭേദത്തെ ആരോപിതമായി സ്വീകരിക്കുന്നു അതുകൊണ്ടാണ് ആഞ്ചര്യസ്വാമികളെ മിഥ്യാവാദി മായാവാദി എന്നെല്ലാം വിളിക്കുന്നത് സ്വാനുഭവത്തിന്റെ ബലത്തിലും യുക്തിയുടെ ബലത്തിലും ആഞ്ചലസ്വാമികളത് സമർത്ഥിച്ചതാണ് അങ്ങനെയല്ല ദുരിതത്വം നിഷേധിക്കാൻ ഒക്കെ ദ്വൈതത്തെ പിന്തുടരുന്ന സർവ്വൻ ം യോഗം ന്യായം വൈശേഷ്യം എന്നിട്ടന്മാരെല്ലാം ഈ പ്രപഞ്ചത്തെ സത്യമായി അംഗീകരിച്ചിട്ടുള്ളവരാണ് ചാർവാകന്മാർ എങ്ങനെയാണോ വേദത്തെയും ഈശ്വരനെയും നിഷേധിച്ച ചാർവാകന്മാർ നാസ്തികൻ എന്ന ചർവാകന്മാരെ വിളിക്കുന്നത് അവര് ഈശ്വരനെ അംഗീകരിക്കാത്തുകൊണ്ടല്ല വേദത്തെ നിഷേധിച്ചുകൊണ്ടാണ് പ്രധാനമാണ് ആ ചാർവ്വകന്മാര് എന്താ പറയുന്നത് പ്രപഞ്ചം സത്യമാണ് അതേ രീതിയിൽ പ്രപഞ്ചസത്യമാണെന്ന് പറഞ്ഞവരാണ് പ്രണാഥനും ഗൗതമനും കപിലനും യേശുമാരല്ല പ്രപഞ്ചസത്യമാണെന്ന് സ്വീകരിച്ചാലേ ദ്വൈതത്തിന് നിലനിൽക്കൊള്ളൂ ഉൽക്കാലത്ത് ആരെല്ലാം പ്രപഞ്ചസത്യം എന്ന് പറയുന്നു അവരെല്ലാം ദ്വൈതികളാണ് അദ്വൈതത്തിൽ പ്രപഞ്ചം സത്യമല്ല അതാണ് അദ്വൈതം ഇന്നും നിലനിൽക്കുന്നത് പ്രപഞ്ചം പരമാർത്ഥ സത്യമാണെന്ന് ആർക്കും പറയാൻ കഴിയില്ല അതുകൊണ്ട് അദ്വൈതത്തിനെന്നും നിലനിൽപ്പുണ്ട് പ്രപഞ്ചത്തെക്കുറിച്ച് ഭൗതികമായി തന്നെ പഠിച്ചു ചെല്ലുമ്പോഴും മനസ്സിലാകുന്ന എന്താണ് ഈ പ്രപഞ്ച സത്യമല്ലെന്നും പ്രപഞ്ചം പരമാർത്ഥമല്ല എന്ന് ബോധ്യപ്പെടുന്നുണ്ടെങ്കിൽ അവിടെ അദ്വൈതത്തിന് നിലനിൽപ്പുണ്ട് അതാണ് ഇവിടെയും പറയുന്നത് യഥാ ഏകസ്മിൻ ഘടാകാശേ രജോധൂമാതിപര് യുദ്ധേ സംയുക്താകാശാദയധൂമാതി തന്നെ ആത്മാവ് ഒന്ന് തന്നെ അതിനെ പരമാത്മാവെന്ന് പറയുന്നു ആകാശം ഒന്ന് തന്നെ അതിനെ മഹാകാശം എന്ന് പറയുന്നു ആ മഹാകാശം എന്ന് പറയുന്നത് എന്താണ് ഈ വസ്തുക്കൾക്ക് ഇടം കൊടുക്കുന്ന ഈ ഇടം അവകാശം എന്നും പറയും സംസ്കൃതത്തിന് ഏതൊന്നിലാണോ പരമാണം തുടങ്ങി ഈ ബ്രഹ്മാണ്ടം വരെയുള്ള സർവവും നിലനിൽക്കുന്നതാണ് ആകാശം എന്ന് പറയും ഓരോ വസ്തുവിന്റെയും നിലനിൽപ്പിന്റെ ആധാരം എന്ന് പറയും വേണമെങ്കിൽ അതിനൊന്നും പറയാം ആകാശ ദേശം ദേശവും കാലവും അതിലാണ് നിലനിൽക്കുന്നത് എന്നു പറയാം എന്നും പറയാം സർവവും അതിലാണ് നിലനിൽക്കുന്നത് ഈ മഹാകാശം ഏകമായിരിക്കുന്നു പക്ഷെ ആകാശത്തിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു ഒരു പാത്രം കൊണ്ട് അതിനുള്ളിൽ ഒരാകാശം പ്രവർത്തിക്കുന്നു അവിടെ പൊടിപടലങ്ങൾ കൊണ്ടോ ധൂമം കൊണ്ടോ അവിടെ കളങ്കമുണ്ടാകുന്നു അങ്ങനെ ഒരു ഭാഗത്ത് കളങ്കം ഉണ്ടായതുകൊണ്ട് ആകാശം മുഴുവൻ കളങ്കപ്പെടുന്നില്ല വേറൊരു പാത്രത്തിലുള്ള ആകാശത്തിൽ അത് അനുഭവപ്പെടുന്നില്ല അതുകൊണ്ട് ആത്മാവ് ഏകമായത് ഒരു ശരീരത്തിലുള്ള അനുഭവങ്ങളെല്ലാം മറ്റു ശരീരത്തിലും ഉണ്ടാകണമെന്ന് പറയുന്നതിൽ അർത്ഥമില്ല എന്നാണ് കാരണം ആകാശത്തിൽ ഏകമായിരുന്നിട്ടും അതിലത് സംഭവിക്കുന്നില്ല ഒരു പാത്രത്തിനുള്ളിൽ വരുന്ന പുക വേറൊരു പാത്രത്തിനുള്ളിൽ അതുപോലെ കാണണമെന്നില്ല ഏതെങ്കിലും മാലിന്യം മറ്റൊരു പാത്രത്തിൽ കാണണമെന്നില്ല അതെന്താണ് ദേശഭേദമനുസരിച്ച് ഈ ഗുണവ്യത്യാസങ്ങൾ കാണുന്നത് ഇത് തന്നെയാണ് ദന്ത മോക്ഷത്തിനും സുഖദൃഖാതി അനുഭവങ്ങൾക്കും എല്ലാം അടിസ്ഥാനം ഇത് തന്നെയാണ് എങ്ങനെയാണ് ഒരു പാത്രം മലിനമായിരിക്കുകയും വേറൊരു പാത്രം മലിനമല്ലാതിരിക്കുകയും ചെയ്യുന്നത് ഒരു പാത്രത്തിൽ ആകാശം ഒരു നിറത്തിലും വേറൊരു പാത്രത്തിലെ ആകാശം വേറൊരു നിറത്തിലും ഇരിക്കുന്നു അതുപോലെ ഒരു പാത്രത്തിൽ ജലം ഇരിക്കുമ്പോൾ വേറൊരു പാത്രം ഒഴിഞ്ഞിരിക്കുന്നു ആകാശം അവിടെയെല്ലാം ഒന്ന് തന്നെ ആകാശത്തിനും ഒരു മാറ്റം സംഭവിക്കുന്നുണ്ട് അമാലിന്യങ്ങൾ മാറിയാലും അമാലിന്യങ്ങളോടുകൂടി ഇരുന്നാലും ആകാശത്തിനൊരു മാറ്റം സംഭവിക്കുന്നുണ്ട് അതുപോലെ ഓരോ ശരീരത്തിലും പല ഭാവങ്ങൾ വരാം ആത്മാവ് ഏകമായിരിക്കുന്നത് കൊണ്ട് ഓരോ ശരീരത്തിനും ഭിന്ന അനുഭവങ്ങൾ ഉണ്ടാകുന്നതിന് ദോഷമൊന്നുമില്ല എന്ന് വളരെ ലളിതമായ ഒരു ഉദാഹരണത്തിലൂടെ ഭാഷകാരൻ ഇവിടെ സമർത്ഥിക്കുകയാണ് അതുകൊണ്ട് ഒരാൾ സുഖിക്കുമ്പോൾ വേറെ ആൾ ദുഃഖിക്കാം അത് അദ്വൈതത്തിൽ അതുകൊണ്ട് ദോഷമൊന്നുമില്ല അതാണുള്ള പ്രതിനിധ ഏകസ്മിൻ ഘടാകാശേ രജോ ധൂമാതിപരയുദ് സംയുക്ത സർവേ ഘടാകാശ ഒരാകാശത്തിൽ ഒരു പാത്രത്തിനുള്ള ആകാശത്തിൽ മാലിന്യം വന്നു എന്ന് കരുതി എല്ലാ പാത്രങ്ങളുടെയും ആകാശത്തിൽ അത് സംഭവിക്കുന്നില്ല ധൂമാധിവി സംയുജ്യത്തെ തദ്വീവ സുഖാദിവി അതുപോലെ തന്നെ ജീവനും അതുകൊണ്ട് ആത്മാവേഗമാണ് എന്നാണ് പറയുന്നത് ഈ ദൃഷ്ടാന്തവും ഈ യുക്തികളുമെല്ലാം ആചാര്യസ്വാമ്യൊക്കെ മുമ്പിലും ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളതാണ് ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും അതിനെ അവരൊന്നും അംഗീകരിച്ചില്ല കാരണം പ്രപഞ്ചസത്യമാണ് ജീവന്മാർ സത്യമാണ് എന്ന് കരുതുന്നവർക്ക് ഈ ദൃഷ്ടാന്തത്തിൽ പറയുന്ന വ്യക്തിയെ അങ്ങനെ സ്വീകരിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് തനിക്കും മുന്നവർ ഈ വിഷയത്തെ കുറിച്ച് എന്താണ് പറഞ്ഞത് അവരുടെ നിലപാടെന്താണെന്നാണ് ഇനി ചർച്ച ചെയ്തത് അവർ അല്ലെങ്കിൽ വേറെ രീതിയിലും പറയാം എന്തുകൊണ്ട് ആത്മാവിന്റെ ഏകത്വവും ഇത്രയും അനായാസമായി ഈ ദൃഷ്ടാന്തത്തിലുള്ളവരൊക്കെ അനായാസമായി ബോധിക്കാം ഒരു വ്യക്തിഭംഗമില്ലാതെ ബോധിക്കാമെങ്കിലും പൂർവാചാര്യന്മാർ എന്തുകൊണ്ട് ഈ ആത്മഭേദത്തെ അംഗീകരിച്ചു ആത്മാവ് പലതാണെന്ന് പറഞ്ഞു അദ്വൈതത്തിൽ അദ്വൈതമതമനുസരിച്ച് മോക്ഷം സംസാരത്തിൽ നിന്നുള്ള മോചനം ഈ ആത്മീകത്വ ബോധം കൊണ്ടേ ഉണ്ടാകത്തുള്ളു അതാണ് മറ്റൊരു സവിശേഷം ജ്ഞാനമെന്ന് പറയുന്നത് തന്നെ ഈ ആത്മീകത്വ ബോധമാണ് പലരും ചിന്തിക്കും കണ്ണടച്ചിരുന്ന് ജപിച്ചാൽ പോലെ എന്തിനാ ഈ ആത്മീകത്വ ബോധവും ആത്മാവും നാനാണോ അതോ ഏകമായിക്കൊള്ളട്ടെ അതും നമ്മളുമായിട്ട് എന്താ ബന്ധം അത് പലതോ ഒന്നും ആയിക്കല്ല നമ്മൾ ജപിച്ചു കഴിഞ്ഞാൽ മോക്ഷം കിട്ടുമല്ലോ എന്ന് കരുത് അദ്വൈത മതമനുസരിച്ച് അത് സാധ്യമുണ്ട് ജപിച്ചാൽ നിങ്ങൾക്ക് കിട്ടുന്ന മോക്ഷം പരമാർത്ഥമായിരിക്കത്തില്ല മോക്ഷം കിട്ടുമത് പക്ഷേ അത് പരമാർത്ഥമായിരിക്കില്ല എങ്ങനെയും മോക്ഷമുണ്ടാകത്തുള്ളൂ സംസാരം മോചനം ഈ ആത്മ ബോധം കൊണ്ടേ ആത്മാ പലതാണെന്നുള്ള ബോധത്തിൽ നിന്ന് ചെയ്യുന്ന സാധനങ്ങൾ അതിൽ നിന്ന് പ്രാപിക്കുന്ന പദവികളൊന്നും നിത്യമല്ല അത് നിശ്ചിച്ചു അതുകൊണ്ടാണ് യോഗത്തെ മറ്റു ആചാര്യസ്വാമികളും നിഷേധിക്കുന്നത് യോഗത്തിൽ സാധനങ്ങളെക്കുറിച്ചും സമാധികളെക്കുറിച്ചുമൊക്കെ പറയുന്നു നിരവികൽപ്പം നിർബീജ സമാധിയെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട് പക്ഷെ അതുകൊണ്ടത് മോശം കിട്ടുമെന്ന് ആചാര്യസമയ അഭിപ്രായം സമാധികളും നിഷേധിക്കുന്നില്ല അതൊക്കെ ഉണ്ടാകാം പക്ഷെ സംസാരം ഉപരമിക്കത്തില്ലെന്നാണ് സംസാരം ഉപരമിക്കണം ഒരിക്കലും വരാത്ത രീതിയിൽ ഈ സംസാരം ഉപരമിക്കണം എന്ന് പറഞ്ഞാൽ ജനന മരണങ്ങൾ അവസാനിക്കണം അത് ആത്മേകത്വ ബോധം കൊണ്ടേ സാധ്യമാകും പ്രപഞ്ചം അസത്യമാണെന്ന് ബോധിച്ചാൽ അത് സാധ്യമാകും ആ ബോധമില്ലാതെ ചെയ്യുന്ന സാധനങ്ങൾക്ക് അതാത് ഫലങ്ങളുണ്ടാവും മോഷമൊഴികെയുള്ള ഫലങ്ങളുണ്ടാവും ഇതാണ് അദ്വീതത്തിൽ ആചാര്യസ്വാമിയുടെ നിലപാട് അതുകൊണ്ട് ആത്മാവ് ഏകമാണ് എന്നുള്ള സിദ്ധാന്തത്തിനാണ് ഇവിടെ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് അത് ചോദിക്കുന്നതിന് ഏകയേവ ആത്മാ ആത്മാവ് ഏകമാണല്ലോ എന്ന് ചോദിക്കുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആത്മാവ് ഏകമാണെന്ന് പറഞ്ഞാൽ അതിൽ ചോദ്യങ്ങളും വരും അതിനെല്ലാം നിങ്ങൾ സമാനം പറയേണ്ടി വരും ശ്രോതാവിന് ഏകത്വ ബോധത്തെ ഉറപ്പിക്കാൻ വേണ്ടിയാണ് ഈ ചർച്ച സ്വാമികൾ പറയും ഞങ്ങളുടെ ചർച്ചയിൽ ഞങ്ങൾ പലതിനെയും നിഷേധിക്കും വാദത്തിന്റെ ഒരു സ്വഭാവമാണ് അത് വേണ്ടാത്തതിനെയൊക്കെ നിഷേധിക്കുക അതിന്റെ ആവശ്യം എന്താണ് നിങ്ങളുടെ കാര്യം പറഞ്ഞാൽ പോരെ സത്യം അത് സാധ്യമല്ല നിഷേധിക്കാതെ സത്യം വെളിപ്പെടുത്തില്ല സത്യത്തെ മാത്രം വെളിപ്പെടുത്താൻ ശ്രമിച്ചാലും സത്യം വെളിപ്പെടലില്ല കാരണം ഈ കേൾക്കുന്നവന്റെ മനസ്സിൽ ദ്വൈതബോധം ഉറച്ചിരിക്കുകയാണ് അതുകൊണ്ട് അദ്വൈതത്തെ വെളിപ്പെടുത്താൻ ശ്രമിച്ചാൽ അവിടെ വെളിപ്പെടില്ല കാരണം അവന്റെ ഉള്ളിലിരിക്കുന്ന ദ്വൈതബോധത്തെ നിഷേധിച്ചാലേ പറ്റും ദ്വൈതബോധം എങ്ങനെയാണ് അത് സത്യമാണെന്നുള്ള ബോധമാണ് ദ്വൈതം സത്യമാണ് അപ്പൊ ആ സത്യബോധത്തെ നിഷേധിച്ചാലേ അദ്വൈതത്തിനവിടെ അങ്ങോട്ട് പ്രവേശിപ്പിക്കാൻ പറ്റും അതുകൊണ്ട് ഞങ്ങൾ ഈ ചർച്ച ചെയ്യുന്നത് വാദപ്രതിവാദങ്ങളൊക്കെ നടത്തുന്നത് ആരെങ്കിലും വെറുതെ നിഷേധിക്കാൻ വേണ്ടിയിട്ടുണ്ട് ഒരു ജിജ്ഞാസുവിന്റെ മനസ്സിൽ ഈ ദ്വൈതബോധം ദൃഢമായിരിക്കുന്നതുകൊണ്ട് ആ ദ്വൈതബോധത്തെ അകറ്റാൻ വേണ്ടിയിട്ടാണ് ദ്വൈത ബോധം ഏതെല്ലാം തരത്തിൽ കടന്നു വരാമോ അതിനെയെല്ലാം അവിടെ നിന്ന് നിഷ്കാസനം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ചർച്ചകളെന്ന് പറയും അല്ലാതെ പ്രത്യേകിച്ച് അദ്വൈതത്തോടുള്ള രാഗം കൊണ്ടോ ദ്വൈതത്തോടുള്ള ദ്വേഷം കൊണ്ടോ രാഗദ്വേഷങ്ങൾ കൊണ്ട് നടക്കുന്നതല്ല ഈ വാദം ഈ ചർച്ച എന്ന് പറയും ഈ ഒരു വഴിയേ അവൻ ഊഹാപോഹ വിചക്ഷണനാണ് എങ്കിൽ അവന്റെ തെറ്റായ ധാരണകളെയെല്ലാം മാറ്റിയാലേ ശരിയായ ധാരണകളെ അവിടെ പ്രതിഷ്ഠിക്കാൻ പറ്റും അതുകൊണ്ടാണ് ഈ ചർച്ച അല്ലെങ്കിൽ ഇതെന്തിനാണ് ഇതിന്റെ ആവശ്യം എന്താണെന്ന് നിങ്ങൾ ചിന്തിച്ചു ആത്മാ ആത്മാവ് ഒന്ന് മാത്രമാണല്ലോ എന്ന് ചോദിക്കുകയാണ് പാഠം ഉറപ്പായിട്ടും ഞാൻ സമാനം പറയു അതിൽ യാതൊരു സംശയവും വേണ്ട ആത്മാവ് ഒന്ന് തന്നെയാണ് നനുജശ്രുതം ത്വയ ആകാശവും സർവസംഘാതീഷു ഏകയ്യവേദി പറയാണ് ഇതുവരെ ഞാൻ പറഞ്ഞ ഒന്നാണ് പക്ഷികാരൻ പറയുന്നു പറഞ്ഞത് നീ കേട്ടില്ലേ എന്നാണ് ത്വയാനുശ്രുതം ഇതുവരെ പറഞ്ഞത് കേട്ടില്ലേ എന്താണ് ആകാശവും സർവസംഘാതീഷു ഏകയ്യവ പോലെ ഈ സർവ്വ ശരീരങ്ങളിലും ഇരിക്കുന്നത് ആത്മാവ് ഒന്നു തന്നെ രണ്ടല്ല എന്റെ ഏകയോ ആത്മാതർഹി സർവത്ര സുഖി ദുഃഖിജസ് ഉടൻ നമ്മുടെ ചോദ്യം വരുന്നു എന്തുകൊണ്ട് ഞങ്ങൾ ആത്മഭേദത്തെ അംഗീകരിക്കുന്നു വേദികൾ പറയുകയാണ് നിങ്ങൾ പറയുന്നത് പോലെ ഓരോ ആത്മാവിനെ ഓരോ ശരീരത്തിലും സുഖവും ദുഃഖമെല്ലാം സങ്കരമായി അനുഭവപ്പെടും കാരണം ഒരാൾ സുഖിക്കുന്നു ദുഃഖിക്കുന്നു ഈ അനുഭവങ്ങൾ എല്ലാവർക്കും ഒരുപോലെ അങ്ങനെയല്ല സംഭവിക്കുന്നത് ഞാൻ ശുദ്ധിയായിരിക്കുമ്പോൾ അന്യൻ ദുഃഖിയായിരിക്കും ഇതെന്ന് മനസ്സിലാക്കാം എന്റെ ആത്മാവ് വേറെ അന്യന്റെ ആത്മാവ് വേറെ ഇതാണ് പ്രത്യക്ഷത്തിന് കൂടുതൽ യുക്തമായി തോന്നുന്നത് ഇതന്നെ സ്വീകരിക്കേണ്ടതെന്നാണ് എന്നുവെച്ചാൽ ഇതം സാഖ്യ ചോദ്യ സംഭവം ഇത് സാഖ്യന്മാരാണ് ആത്മാവിനെക്കുറിച്ച് ന്യായവൈശേഷികന്മാരെല്ലാം അപേക്ഷിച്ച് കുറച്ചുകൂടി തെളിഞ്ഞ ബുദ്ധിയുള്ളവരാണ് സാഖ്യന്മാർ ആത്മാവിനെ അവർ ശുദ്ധമായി സ്വീകരിക്കുന്നു ജ്ഞാനസ്വരൂപമായി സ്വീകരിക്കുന്നു അസംഖമായി സ്വീകരിക്കുന്നു ജനന മരണങ്ങളില്ലാത്തതായി സ്വീകരിക്കുന്നു സർവവ്യാപിയായി സ്വീകരിക്കുന്നു അങ്ങനെ ആത്മാവിനെക്കുറിച്ച് നല്ല കാഴ്ചപ്പാടുള്ളവരാണ് കബിരന്റെ അനുയായികളായ സാഖ്യന്മാർ പക്ഷേ അവർ യുക്തിയുക്തമായി അവർക്ക് ഒരു കാര്യം അംഗീകരിക്കേണ്ടി വന്നു എന്താണ് ഇങ്ങനെയൊക്കെ ആണെങ്കിലും ആത്മാവ് അനേകമാണ് എന്തുകൊണ്ട് ഒന്നായി സ്വീകരിച്ചു കഴിഞ്ഞാൽ ഒരാൾ സുഖിയായിരിക്കുമ്പോൾ വേറെ ആൾ ദുഃഖിയായിരിക്കത്തില്ല നമ്മൾ സാധാരണ ചോദിക്കുന്ന ചോദ്യം കൊണ്ട് ആത്മാവ് ഏകമാണ് ഒന്നാണെങ്കിൽ ഒരാൾ മുക്തനായപ്പോ എന്തുകൊണ്ട് എല്ലാവരും മുക്തരായില്ല ഒന്നല്ലേ ഉള്ളൂ ഇതം സംഖ്യ ചോദ്യം ഇത് സംഖ്യന്മാരുടെ ചോദ്യമാണ് ഭാഷകാലം പറയുന്നു സംഭവ രീതി ശരിയല്ല കുടുംബ്യദ്ധാന്തത്തെ കുറിച്ച് പറയും ന്യായവൈശേഷികന്മാര് സാങ്കേതികതമുള്ള വ്യത്യാസം എന്താണ് ന്യായവൈശേഷികന്മാർ പറയുന്ന എന്താണ് ജ്ഞാനം സുഖം ദുഃഖം ഇച്ഛം പ്രയത്നം ധർമ്മം അധർമ്മം സംസാരം ഇതെല്ലാം ആത്മാവിനോട് ചേർന്നിരിക്കുന്നു എന്നാണ് ആത്മാവിൽ സമവായത്തിരിക്കുന്നു എന്നാണ് അവർ പറയുന്നത് അത് നശിക്കുന്നത് വരെ വേർതിരിയാതിരിക്കുന്നവർ ബന്ധത്തിനിരിക്കുന്നു അതെല്ലാം ആത്മാവിന്റെ ഗുണങ്ങളാണെന്നാണ് പറയുന്നത് സാഖ്യൻ പക്ഷേ അത് എന്നോട് യോജിക്കുന്നില്ല അവരെന്താണ് പറയുന്നത് പറഞ്ഞു ആത്മാവിന്റെ ഗുണങ്ങളല്ല ആത്മാവ് അസംഖമാണ് സംഖ്യൻ പറയുന്നത് ജ്ഞാനം അതിന്റെ ഗുണമല്ല മരിച്ചത് ജ്ഞാനസ്വരൂപനാണ് അതാണ് അവർ പറയുന്നത് അതിനെ ഇവിടെ എടുത്തു പറയുന്നു നൈസാഖ്യ സുഖ ദുഃഖാദിമത്വച്ചതി ആത്മാവിൽസുഖ ദുഃഖാദികളുണ്ടെന്ന് അവർ സ്വീകരിക്കുന്നുണ്ടല്ലോ ബുദ്ധി സമവായ അഭ്യൂമാ ഇതെല്ലാം പിന്നെ എവിടെയാണ് ബുദ്ധിയിലാണ് ബുദ്ധി എന്ന് പറയുന്ന ഒരു തത്വത്തെ അവർ സ്വീകരിക്കുന്നുള്ളൂ ഇതെല്ലാം ബുദ്ധിയിലാണ് അല്ലെങ്കിൽ പ്രകൃതിയിലാണെന്ന് പറയാം പുരുഷ ഭിന്നമായിട്ടുള്ള സർവത്തിനും ചേർത്തവർ പറയുന്നതാണ് പ്രകൃതി ഇതെല്ലാം പ്രകൃതിയിലാണ് ആ പുരുഷന്റെ പ്രകൃതിയിലാണ് സോതുക്കാദികളെല്ലാം ഉപലബ്ധി സ്വരൂപസി ആത്മനോ ഭേദ കൽപ്പനായം പ്രമാണം അസ്ഥി അതുകൊണ്ട് അവരെന്താണ് പറയുന്നത് നേരത്തെ പറഞ്ഞത് ആത്മാവ് പലതായതുകൊണ്ടാണ് സുഖവും ദുഃഖവും അനുഭവം വെവ്വേറെയെന്നാണ് അപ്പൊ അതിന് സമാനം പറയുന്നു സുഖദുഃഖമൊന്നും ആത്മാവിലില്ലെന്നാണല്ലോ നിങ്ങൾ കരുതുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സുഖദുഃഖാനുഭവങ്ങളുടെ വ്യത്യസ്തതയ്ക്ക് വേണ്ടി ആത്മാവിനെ പലതായി സ്വീകരിക്കേണ്ട കാര്യമില്ല ഏകമായ ജ്ഞാനമാണ് സ്വീകരിച്ചു കൊള്ളുക പ്രകൃതിയിൽ വ്യത്യാസം വരുന്നത് കൊണ്ട് ഒരാൾക്ക് സുഖം വരുമ്പോൾ വേറൊരാൾക്ക് ദുഃഖം വരുന്നതെന്ന് സ്വീകരിക്കാമല്ലോ സാഖ്യമതമനുസരിച്ചും അങ്ങനെ കരുതുന്നതാണ് കൂടുതൽ യോഗ്യം അതുകൊണ്ട് സാഖ്യന്മാർക്കും അദ്വൈതത്തെ സ്വീകരിക്കാമെന്നാണ് ഭാഷകാരം പറയുന്നത് പ്രകൃതിയിലാണ് ഈ സുഖ ദുഃഖങ്ങളെങ്കിൽ സമാധാനം എന്താണോ ഒരുവൻ സുഖിയായിരിക്കുമ്പോൾ മറ്റൊരുവൻ ദുഃഖിയായിരിക്കുന്നു രണ്ടിടത്ത് ഒരേ ആത്മാവ് അങ്ങനെ സംഭവിക്കാൻ രണ്ടുപേരുടെയും പ്രകൃതി രണ്ടാണോ എന്ന് സ്വീകരിച്ചാൽ മതി അപ്പോൾ ആത്മാവിനെ ജ്ഞാനസ്വരൂപമായി സ്വീകരിക്കുമ്പോൾ അത് എളുപ്പമാണ് ആത്മാവിന്റെ ഏകത്വത്തെ സ്വീകരിക്കുന്നതാണ് കൂടുതൽ യുക്തം അതുകൊണ്ട് സാഖ്യമതമനുസരിച്ചും അദ്വൈതമാണ് യോജിക്കുന്നത് കാരണം സുഖ ദുഃഖങ്ങൾ അവർ പ്രകൃതിയുടെ ഗുണങ്ങളായിട്ടാണ് കാണുന്നത് എന്നാണ് സാഖ്യമതമനുസരിച്ച് തന്നെ അദ്വൈതമാണ് യോജിക്കുന്നതെന്നാണ് പറഞ്ഞു വരുന്നത് അപ്പൊ ഈ സാഖ്യ സിദ്ധാന്തത്തെ തന്നെ അജയതസ്വാമികൾ കുറച്ചുകൂടി വികസിപ്പിച്ചതാണ് അദ്വൈത ശാസ്ത്രമാക്കി മാറ്റിയത് അദ്വൈതത്തിനോട് വളരെ ചേർന്നു നിൽക്കുന്ന ഒന്നാണ് സാങ്ക സിദ്ധാന്തം അവിടെയും ആത്മാവിനെ ഞാൻ സ്വരൂപമായി പക്ഷെ പലതായി അതിനെ ഒന്നാക്കിയപ്പോൾ അദ്വൈതമായി ഇത്രയുള്ള വ്യത്യാസം അതൊന്നായി സ്വീകരിക്കുന്നതിന് ഇത് തടസ്സവുമില്ല സുഹൃത്ത്വം കൊണ്ട് വ്യത്യസ്ത അനുഭവം കാരണം അതെല്ലാം പ്രകൃതിയിലാണ് ഓരോ പ്രകൃതിയും വ്യത്യസ്തമായിരിക്കുന്നുണ്ട് സ്വതത്വങ്ങൾ ഓരോരുത്തർക്കും വ്യത്യസ്തമായി അനുഭവപ്പെടുന്നു അതിനുവേണ്ടി ആത്മാവിനെ പലതാക്കണമെന്നില്ല ആത്മാവ് ഒന്നായിരുന്നാലും ദോഷമില്ല അത് സംഖ്യന്മാർക്ക് സ്വീകരിക്കാം എന്നാണ് പറയുന്നത് ഉപലബ്ധി സ്വരൂപ സാത്മനോഭേദൽപ്പനായ പ്രമാണം അസ്തി ജ്ഞാനസ്വരൂപമായിരിക്കുന്ന ഈ ആത്മാവ് പലതാണെന്ന് കരുതുന്ന ഒരു യുക്തിയൊന്നുമില്ല ചിന്തിച്ചുകൊണ്ടുവരുന്നത് ഈ രീതിയിൽ ചിന്തിച്ച് അവന്റെ ഉള്ളിലുള്ള ആത്മപ്രകാശത്തെ ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ടാണ് സംഖ്യന്റെയും വിയായികന്റെയും വൈശേഷികന്റെയും എല്ലാം മാർഗത്തിലൂടെ ചിന്തിക്കുന്നു സഹനഗതിയിൽ അദ്വൈതം ത്തെക്കുറിച്ച് ചിന്തിക്കുന്നതിന് മുമ്പ് അദ്വൈത ശാസ്ത്രത്തെക്കുറിച്ച് മനനം ചെയ്യുന്നതിന് മുമ്പ് സാഖ്യ വൈശേഷിക സിദ്ധാന്തങ്ങളെല്ലാം ശരിക്കും മനനം ചെയ്യണമെന്ന് പറയും അത് പറയുന്നതിനൊരു കാരണം ഇതുതന്നെയാണ് കാരണം മനുഷ്യന്റെ പ്രാകൃതമായ മനസ്സിന് ഇത്രയും സൂക്ഷ്മമായ ആത്മതത്വത്തെ നേരിട്ടങ്ങോട്ട് പ്രകാശിപ്പിക്കാൻ അദ്വൈത ശാസ്ത്രത്തിനോ അദ്വൈതാചാര്യന്മാർക്കോ കഴിയില്ല അപ്പോൾ അവരുടെ മനസ്സിനൊരു സംസ്കരണം സംഭവിക്കണമെങ്കിൽ എന്തു ചെയ്യണം മറ്റ് ദൈതശാസ്ത്രങ്ങളും ദൈതാചാര്യന്മാരും അവരെന്ത് പറയുന്നു ഈ ആത്മതത്വത്തെക്കുറിച്ച് ആചാര്യസ്വാമികളെല്ലാം ചിന്തിക്കുന്നതിന് മുമ്പ് ആചാര്യസ്വാമികളെല്ലാം ചിന്തിക്കുന്നതിൽ കൂടുതലായി അവരുടെ ആത്മതത്വത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ട് പലതരത്തിൽ മനുഷ്യന്റെ ഈ പ്രാകൃതമായ മനസ്സിലും ആത്മതത്വത്തെക്കുറിച്ച് അവർ പറഞ്ഞത് പൂർണ്ണമല്ലെങ്കിലും അപൂർണമായിട്ടാണെങ്കിലും കുറച്ചൊരു പ്രകാശമുണ്ടാവും അതാണ് അതിന്റെ ഉപയോഗം അതിനെ പൂർണ്ണമാക്കുന്നതാണ് അദ്വൈതം അതുകൊണ്ട് ദർശന സമന്വയത്തിൽ കുറയും ഒരു ദർശനത്തെ വേറെ ദർശനത്തിൽ ചോദ്യം ചെയ്യുന്നുണ്ടെങ്കിലും നിഷേധിക്കുന്നുണ്ടെങ്കിലും വാസ്തവത്തിൽ അതിന്റെ പൂർണ്ണതയ്ക്ക് വേണ്ടിയിട്ടാണ് ആ നിഷേധവും ചോദ്യം ചെയ്യണമല്ല അതാതെ പൂർണ്ണമായ തിരസ്കാരത്തിന് വേണ്ടിയിട്ടല്ല അപ്പോൾ ഈ വാദപ്രതിവാദങ്ങളെന്ന് പറയുന്നത് ബുദ്ധിയുടെ ശുദ്ധീകരണത്തിന് വേണ്ടിയിട്ടാണ് അല്ലാതെ ജയപരാജയ നിർണയത്തിന് വേണ്ടിയിട്ടല്ല അദ്വൈതശാസ്ത്രങ്ങൾ തന്നെ പറയും അതൊരിക്കലും നിഷ്പ്രയോജനമല്ല പ്രയോജനപ്രദമാണ് ആത്മാവ് ആത്മബോധം സാധാരണ മനുഷ്യനും ശരീരത്തിൽ ഉറച്ചിരിക്കുകയാണ് വേദാന്ത പ്രസംഗം കേട്ടു എന്ന് വിചാരിച്ചത് ശരീരത്തിൽ ഈ ആത്മബോധം മാറത്തുന്നു കേൾക്കുന്ന സമയം ശരിയായി ബോധ്യപ്പെടുത്തുമില്ല പിന്നീട് സ്മരിക്കുന്നത് കൊണ്ടും ശരീരത്തിലുള്ള ആത്മബോധം മാറത്തുമില്ല ഈ ദർശനങ്ങളെല്ലാം എന്ത് ചെയ്യുന്നു ശരീരത്തിൽ നിന്ന് ഭിന്നമായ ആത്മാവിനെ ഉറപ്പിക്കുകയാണ് ശരീരമല്ല ആത്മാവ് ഇതാണിതെല്ലാം ചെയ്യുന്നത് അദ്വൈതത്തിനും പരവുമായി സാധിക്കേണ്ട അതാണ് എന്താണ് ശരീരമല്ല ആത്മാവിബോധത്തെ കൊണ്ടുവരാനോ അപ്പോൾ സ്വാഭാവികമായും തീർച്ചയായും ഈ പൂർവാചാര്യന്മാരുടെ ഈ ദർശനങ്ങൾ ആത്മാവിനെ കുറിച്ചുള്ള അവരുടെ സിദ്ധാന്തങ്ങൾ ഈ ശരീരത്തിലുള്ള ആത്മബോധത്തെ മാറ്റുന്നതിന് വളരെ സഹായിക്കും അതിൽ നിന്ന് അവന് ഒരു കാര്യം ബോധ്യപ്പെടുന്നു അത് പൂർവ്വമീമാംസയായ അനുസരിച്ച് മറ്റ് ദർശനങ്ങളായാലും ശരി ഈ ആത്മാവ് ശരീരത്തെ എന്നും ഭിന്നമാണ് ഏറ്റവും പ്രധാനമായിരിക്കുന്നു എന്താണ് താനാണ് ശരീരമാണ് എന്നുള്ള ഈ ബോധം മാറ്റുക എന്നുള്ളതാണ് അത് കൂടുതലും നടക്കുന്നത് അവിടെയാണ് ഈ ദ്വൈത ദർശനങ്ങളിലാണ് ഈ ശരീരത്തിലുള്ള ആത്മബോധത്തെ മാറ്റുന്നത് ദ്വൈത ദർശനങ്ങളിലുള്ള ചർച്ച അത് ശരീരത്തിൽ നിന്ന് ഭിന്നമായ ഒരു ആത്മതത്വത്തിൽ മനസ്സിന് ഉറപ്പിക്കുന്നതിന് വളരെ സഹായിക്കും അതാണ് വേദാന്ത വിചാരത്തിന് ഉപയോഗമാണ് ബാക്കി ദക്ഷിണങ്ങളെ കുറിച്ചുള്ള ചർച്ച എന്ന് പറയുന്നു നമ്മുടെ സാധനയെക്കുറിച്ചും മോക്ഷത്തെക്കുറിച്ചൊക്കെയുള്ള സങ്കല്പങ്ങൾ വേറെയായി ഇവിടെ അതല്ല അദ്വൈതത്തിന്റെ ഇടപാടാണ് പറയുന്നത് അദ്വൈതത്തിൽ അതാണ് അതുകൊണ്ടാണ് ഇവിടെ വീണ്ടും അതിനെ ചർച്ചയ്ക്ക് കൊണ്ടുപോകുന്നത് അങ്ങനെയെങ്കിലും ഈ ശരീരത്തിനപ്പുറം ഒരു ആത്മാവ് ഉണ്ട് എന്ന് അവന്റെ ബുദ്ധിക്ക് ബോധ്യപ്പെടുന്നു നമ്മൾ കേൾക്കുന്നുണ്ട് ശരീരത്തിനപ്പുറം ആത്മാവുണ്ടെന്ന് പക്ഷെ നമ്മുടെ ബുദ്ധി ഒരിക്കലും അതിന് ഉറക്കത്തില്ല നമ്മുടെ ബുദ്ധി ശരീരത്തിലെ ഉറക്കത്തില്ല അതിനുവേണ്ടി ആ ശരീരഭിന്നമായ ആത്മാവിനോട് ഉറപ്പിക്കുകയാണ് ഉപലബ്ധിസ്വരൂപസ്യാത്മനഹ അത് ശരീരമല്ല അതിൽ ഭേദകൽപ്പനായ പ്രമാണമൊക്കെ അത് പലതാണെന്ന് കരുതുന്നതിന് പ്രമാണമെന്നുണ്ടാകും ഭേദാഭാവെ പ്രധാന പാരാർത്ഥ്യൂപത്തിൽ സംഘന്മാരുടെ ഒരു മുഖ്യമായ സിദ്ധാന്തമാണ് സംഘാത പരാർത്ഥത്വ ഈ സംഘാതങ്ങളെല്ലാം പരാർത്ഥമാണോ പ്രകൃതി പരാർത്ഥയാണോ എന്ന് പറയുന്നു ഈ പ്രകൃതി അനാദിയായി അനന്തമായി തുടരുന്ന ഈ പ്രകൃതിക്ക് തൻ്റെതായ പ്രയോജനമൊന്നുമില്ല പ്രകൃതി തനിക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നു പ്രകൃതി എല്ലാം പുരുഷന് വേണ്ടിയാണ് ചെയ്യുന്നത് എന്നാണ് പുരുഷന്റെ സുഖദുഖാനുഭവം അതാണ് ഭോഗം പുരുഷന്റെ മോക്ഷം അതിൽ നിന്നുള്ള മോചനം ഇതിനു വേണ്ടിയിട്ടാണ് പ്രകൃതിയുടെ എല്ലാ പ്രവൃത്തികളും ഇപ്പോൾ ഒരു പ്രകൃതി വാസുത്തിൽ പ്രകൃതി ഒന്നാണെങ്കിലും ഓരോ പുരുഷനും വേണ്ടി ഈ പ്രകൃതി പലതായി നിൽക്കുകയാണ് അനന്ത പുരുഷന്മാരെന്നാണ് പറയുന്നത് എന്നുവെച്ചാൽ അനന്ത ആത്മാക്കൾ അതുകൊണ്ട് ഈ പ്രകൃതി അനന്ത ഭാവത്തിൽ നിന്നുകൊണ്ട് ഓരോ പുരുഷന്റെയും ഭോഗ അപവർഗത്തിന് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതാണ് എന്ന് വെച്ചാൽ ഓരോ പുരുഷനും സുഖ ദുഃഖങ്ങൾ നൽകുകയും ഓരോ പുരുഷന്മാരെയും അതിൽ നിന്ന് മോചിപ്പിക്കുകയും ചെയ്യുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്നതാണ് അതുകൊണ്ട് പ്രകൃതിക്ക് ഒരു പുരുഷന് സുഖം നൽകണമെങ്കിൽ വേറൊരു പുരുഷന് ദുഃഖം നൽകണം വേറൊരു പുരുഷന് മോക്ഷം നൽകണം ഇങ്ങനെ മാറി മാറി പ്രവർത്തിക്കണമെങ്കിൽ ഒരു പുരുഷനായാലെ പറ്റും പല പുരുഷന്മാർ അതുകൊണ്ടാണ് പല പുരുഷന്മാരെ സംഖ്യന്മാര് സ്വീകരിക്കുന്നതാണ് അതിനെയും നിഷേധിക്കുന്നത് ആകാഴ്ചപ്പാട് ശരിയെന്നാണ് ഭേദാഭാവേ പുരുഷന് ഫലതായി സ്വീകരിച്ചില്ലെങ്കിൽ പ്രധാനാനുഭൂത്തി പ്രധാനം എന്ന് പറഞ്ഞാൽ പ്രകൃതി സാങ്കേതികശാസ്ത്രത്തിൽ പ്രധാനമെന്നും പ്രകൃതി എന്നും പറഞ്ഞാൽ ഒന്ന് അതിന്റെ പാരാർത്ഥ്യത അത് മറ്റൊന്നിനു വേണ്ടിയാണെന്നുള്ള ആ യുക്തിക്ക് നിലനിൽപ്പില്ലാതെ അനേക പുരുഷന്മാരുള്ളതുകൊണ്ട് പ്രകൃതി അനേക പുരുഷന്മാർക്ക് അനേകവിധത്തിലുള്ള ഭോഗങ്ങൾ നൽകിക്കൊണ്ട് നിലനിൽക്കുകയാണ് മോക്ഷത്തിനെന്ത് ചെയ്യുന്നു ആ പ്രകൃതി ആ പുരുഷനിൽ നിന്നും പിൻവാങ്ങും പ്രതിപ്രസവം എന്ന് സാഖ്യന്മാർ പറയുന്നു അതെങ്ങനെയാണോ വന്നത് അതുപോലെ തന്നെ അത് തിരിച്ചു പോകുന്നു അതിന് ഉദാഹരണം പറയും എന്താണ് ഒരു നർത്തകി ഒരു നൃത്തശാലയിൽ നിന്നുകൊണ്ട് അനേകരെ ആനന്ദിപ്പിക്കത്തക്ക തരത്തിൽ നൃത്തം ചെയ്യുന്നു അതുകഴിഞ്ഞു ആ നൃത്തം അവസാനിപ്പിച്ച് തിരശ്ശിയിലേക്ക് പിന്നിലേക്ക് പോകുന്നു അതുപോലെ ഈ പ്രകൃതി അനേക പുരുഷന്മാരെ സന്തോഷിപ്പിക്കാനും ദുഃഖിപ്പിക്കാനും എന്താ ഉള്ള പ്രവർത്തി ചെയ്തുകൊണ്ടിരിക്കുന്നു ഓരോ പുരുഷനിൽ നിന്നും അത് പിൻവാങ്ങും പുരുഷൻ മുക്തനായിട്ട് ഇതാണ് സാങ്കേതിക സിദ്ധാന്തത്തിന്റെ ചരിത്രം ഇപ്പൊ പല പുരുഷന്മാരുണ്ടായാലേ ഇതിന് പലതരത്തിലുള്ള നർത്തനം ചെയ്യാൻ സാധ്യമാകും അതിനുവേണ്ടി പല പുരുഷന്മാരെ സ്വീകരിച്ചിരിക്കുന്നു എന്നാണ് എന്നാ അതും ശരിയല്ല പ്രധാന കൃതസ് അർത്ഥ്യ ആത്മന് അസമയ അതുകൊണ്ടൊന്നും പുരുഷന്മാർ വലതാകേണ്ട കാര്യമില്ല പ്രധാനം എന്ത് ചെയ്താലും ശരി പ്രകൃതി എന്തെല്ലാം ചെയ്താലും അത് പ്രകൃതിയിലേ നീക്കത്തുള്ളൂ അത് പുരുഷന്റെ ഭോഗമായാലും ശരി അപവർഗമായാലും ശരി എന്തുകൊണ്ട് സംഖ്യന്മാർ പറയുന്നതും ഈ പുരുഷൻ നിർഗുണനാണ് അസംഘനാണ് അപ്പോൾ പ്രകൃതിയുടെ പ്രവൃത്തിയുടെ ഒരു ഫലവും പുരുഷൻ വരുന്നില്ല അസംഖനായാലും എങ്ങനെ മറ്റൊന്നു വരും അസംഖനായാലെ ബന്ധം വരും അസംഖനായാലിങ്ങനെ മോക്ഷം വരും ഇതൊന്നും ഇതെല്ലാം പ്രകൃതി തന്നെയാണ് അതുകൊണ്ട് പുരുഷന് പുരുഷന്റെ അസംഗതയ്ക്ക് പുരുഷന്റെ നിർഗുണതയ്ക്ക് ഒരു മാറ്റവും സംഭവിക്കുന്നില്ലെങ്കിൽ പ്രകൃതിയുടെ പ്രവർത്തനങ്ങളെല്ലാം പ്രകൃതിയിൽ തന്നെ അവസാനിക്കുകയാണെങ്കിൽ പുരുഷനെ നാനാത്ത സ്വീകരിക്കുന്നതുകൊണ്ട് പ്രയോജനമൊന്നുമില്ല ഏകനായിരിക്കുന്ന പുരുഷൻ അങ്ങനെ സ്വീകരിച്ചാലും ദോഷമൊന്നും വരുന്നില്ല പുരുഷന് അനേകനായിരുന്നാലേ പ്രകൃതിക്ക് പുരുഷന് ഭോഗാപവർഗങ്ങളെ കൊടുക്കാവൂ എന്ന് പറയുന്നതിന് യുക്തിയില്ല എന്നാണ് യഥി ഹി പ്രധാന കൃത്വ ബന്ധോ മോക്ഷോ വാർത്ത പുരുഷുഭേദന സമവേദി അങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ ഈ പ്രകൃതി പുരുഷനും ഓരോ പുരുഷനും പ്രത്യേകമായി ബന്ധവും മോക്ഷവും ഒക്കെ പുരുഷന് വരുത്തുന്നു എന്നായിരുന്നെങ്കിൽ നിങ്ങൾ പറയുന്നത് ശരിയാണ് പക്ഷേ പുരുഷന് നിങ്ങൾ അസംഖ്യനായിട്ടാണ് സ്വീകരിച്ചിരിക്കുന്നത് പ്രകൃതിക്ക് പുരുഷനൊന്നും ചെയ്യാൻ സാധ്യമല്ല അതുകൊണ്ട് പുരുഷഭേദമനുസരിച്ചിതെല്ലാം പുരുഷന് ഫലവത്താകുന്നു എന്ന് പറയുന്നത് ശരിയല്ല തഥ പ്രധാന ആത്മീയത്വനവധ്യത അപ്പോ സംഖ്യന്മാർ പറയുന്നതനുസരിച്ച് എന്താണ് പ്രധാനം പുരുഷന് വേണ്ടിയായതുകൊണ്ട് പുരുഷന്മാർ പലതാകണം പക്ഷെ അത് ശരിയല്ല എന്ന സാങ്കേഹി ബന്ധവും മോക്ഷോ അടുത്ത പുരുഷ സമേതോഭ്യവും അതെ സാഖ്യന്മാരും എന്താണ് ബന്ധമോക്ഷങ്ങൾ പുരുഷനാണെന്ന് പറയുന്നത് ഓരോ പുരുഷനും പ്രത്യേകം ബന്ധവും മോക്ഷം കൊടുക്കാൻ വേണ്ടി പ്രകൃതി പ്രവർത്തിക്കേണ്ട ആവശ്യമില്ല അതിനുവേണ്ടി പല പുരുഷന്മാരുടെ ആവശ്യവുമില്ല സംഖ്യമതമനുസരിച്ച് നിർവിശേഷ ചേതന മാത്ര ആത്മനാഭ്യൂമിതേ അവരും എന്താണ് പറയുന്നത് നിർവിശേഷമായ നിർഗുണമായിരിക്കുന്ന ചൈതന്യ സ്വരൂപമാണ് പുരുഷൻ എന്നാണ് അവര് സ്വീകരിച്ചിരിക്കുന്നത് അങ്ങനെ സ്വീകരിക്കുകയാണെങ്കിൽ പുരുഷൻ ഒന്നും അതി പലതാവശ്യമില്ലായെന്നാണ് അതിൽ നിന്നാണ് അദ്വൈതത്തിലും നിർഗുണനായ പുരുഷൻ ജ്ഞാനസ്വരൂപനായ പുരുഷൻ എന്നുള്ള സങ്കല്പങ്ങൾ ഈ സാങ്ക്യ സിദ്ധാന്തത്തെ പിന്തുടർന്നു വന്നതാണ് അധഹ പുരുഷസത്താമാത്ര പ്രയുക്തമേ പ്രധാന പാരാർത്ഥ്യം സിദ്ധം നഗത്ത് പുരുഷഭേദ പ്രയുക്തം അതുകൊണ്ടൊരു കാര്യം സ്വീകരിക്കണം പുരുഷൻ പുരുഷന്റെ സ്വത്ത പുരുഷന്റെ നിലനിൽപ്പ് അതിനെ മാത്രം ആശ്രയിച്ചിട്ടാണ് ഈ പ്രധാനത്തിന്റെ എല്ലാ പ്രവൃത്തികളും അല്ല പുരുഷഭേദത്തെ ആശ്രയിച്ചിട്ടുള്ള അതുകൊണ്ട് സാഖ്യമതമനുസരിച്ച് തന്നെ സാഖ്യന്മാർ പുരുഷനെ നിർഗുണനായും ജ്ഞാനസ്വരൂപനായും സ്വീകരിച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ പുരുഷന്മാർ അനേകമാകാൻ വഴിയില്ല എന്ന് പറഞ്ഞ് പുരുഷഭേദത്തെ ഇവിടെ നിഷേധിച്ചിരിക്കുന്നു സാഖിമതമനുസരിച്ച് തന്നെ അപ്പോ പുരുഷൻ ശരീരത്തിൽ നിന്നും പ്രകൃതിയിൽ നിന്നും ഭിന്നനാണ് അത് നിർഗുണനാണ് ചൈതന്യസ്വരൂപനാണ് എന്നെല്ലാം സാഖിമതമനുസരിച്ച് തന്നെ ശ്രദ്ധിക്കുന്നു അദ്വൈതയ്ക്ക് സമ്മതമല്ലാത്ത ഒരു കാര്യമേ ഉള്ളൂ പുരുഷൻ പലതാണെന്ന് അവർ പറയുന്നു അതിന് ഇവിടെ അദ്വിതീ പറയുന്നു അത് എന്തുകൊണ്ട് നിങ്ങൾ പലതാണെന്ന് കരുതുന്നു എന്നാൽ ഈ പ്രകൃതിക്ക് പല പുരുഷന്മാർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പറ്റും പറയുന്നു ആ പുരുഷനേകനായിരുന്നാലും പ്രകൃതിക്ക് പ്രവർത്തിക്കാം കാരണം പ്രകൃതിയുടെ എല്ലാ പ്രവർത്തനങ്ങളും പ്രകൃതിയിൽ തന്നെ അവസാനിക്കുകയാണ് എല്ലാ പുരുഷനൊന്നും എത്തുന്നു പ്രകൃതിയുടെ ബന്ധമോക്ഷങ്ങളെല്ലാം പ്രകൃതിയിൽ തന്നെയാണ് പുരുഷനെല്ലാം അതുകൊണ്ട് പുരുഷന്റെ കേവലമായ സത്തയെ ഉണ്മയെ ആശ്രയിച്ചിട്ട് പ്രകൃതി പ്രവർത്തിക്കുന്നു അതാണ് സംഖ്യന്മാരും പറയുന്നു ആ പുരുഷന്റെ സന്നിധിയിൽ പ്രകൃതി പ്രവർത്തിക്കുന്നു എന്നാണ് എല്ലാ പ്രവർത്തനങ്ങളിലും പുരുഷൻ അസംഖ്യനായി തന്നെ നിൽക്കുന്നു അവർ പറയുന്നു ഇത്രയുമായി കഴിഞ്ഞാൽ പിന്നെ പുരുഷനെ പലതായി കൽപ്പിക്കുന്നോണ്ട് വിശേഷതയൊന്നുമില്ല പുരുഷന്റെ ആ സത്തയെ സ്വീകരിക്കുക ഏകനായ പുരുഷനെ സ്വീകരിക്കുക കൂടുതൽ യുക്തിക്ക് നിരക്കുന്നത് നിങ്ങളുടെ സിദ്ധാന്തമനുസരിച്ച് തന്നെ ഇത്രയും പറയുന്നതുകൊണ്ടെന്തായി ഈ പ്രകൃതിയിൽ നിന്ന് ഭിന്നനാണ് പുരുഷൻ അനേകനാണ് സർവശരീരങ്ങളിലും ഒരുവനാണ് എന്ന് വരുന്നത് ഈ സാങ്കേന്യ സിദ്ധാന്തമാണ് ഭഗവത്ഗീതയിലും മറ്റും കൂടുതലും നമ്മൾ അറിയുന്നത് അറിയാമല്ലോ ശങ്കരാചാര്യർക്ക് മുമ്പാണ് ഭഗവത്ഗീത പക്ഷെ അവിടെ അതിലൊരു പരിഷ്കാരം കൂടെ വരുത്തി എന്താണോ ആ പുരുഷൻ ഏകനാണെന്ന് സ്വീകരിച്ചു സിദ്ധസാങ്കത്തിൽ പുരുഷൻ അനേകനാണെന്ന് വന്നപ്പോ അതിൽ തന്നെ പരിണാമം കൊണ്ട് ആ ദർശനത്തിന്റെ പരിണാമം കൊണ്ട് ഗീതയുടെ കാലഘട്ടത്തിലൊക്കെ വന്നപ്പോൾ ഉപനിഷത്തിലെ ദർശനം കൂടെ അതിലേക്ക് വന്നു വന്നിട്ട് ആ പുരുഷൻ ാണ് അതുകൊണ്ട് അവിടെ പറഞ്ഞു എന്താണ് സർവശരീരങ്ങളിലും ആത്മാവ് ഏകമാണ് എന്ന് പറഞ്ഞു അതാണ് ഗീതനും മറ്റു സാഖ്യന്റെ സ്വാധീനമുണ്ടെന്ന് പറയുന്നു സാഖ്യൻ അനന്ത പുരുഷന്മാരെ സ്വീകരിക്കുന്നുള്ളൂ ഈ പ്രകൃതിക്ക് നിയന്താവായി ഒരു ഈശ്വരനെ സ്വീകരിക്കുന്നില്ല പക്ഷെ ശീശ്വര സാഖ്യം എന്ന് പറഞ്ഞു വന്നു സാഖ്യം ഒന്നുകൂടി പരിഷ്കരിച്ചപ്പോൾ അവിടെ ഈശ്വരനെ കൂടെ സ്വീകരിച്ചു കാരണം പുരുഷൻ നിർഗുണനാണെന്ന് പറഞ്ഞു പ്രകൃതി പുരുഷന്റെ ഭോഗ അപവർഗങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞു ഇത് രണ്ടും പരസ്പരം തൊടാതെ നില്ക്കുന്ന രണ്ട് കാര്യങ്ങളായി ഒന്ന് കൽപ്പിതമാണ് പ്രകൃതി എന്ന് സ്വീകരിച്ചെങ്കിൽ പ്രശ്നമില്ല പ്രകൃതിയും സത്യമാണ് പുരുഷവും പുരുഷനും സത്യനാണെന്നും സത്യമാണെന്നും പറഞ്ഞു പ്രകൃതി ജഡമാണെന്നും പുരുഷൻ ചൈതന്യമാണെന്നും പറഞ്ഞു ഇപ്പൊ ജഡമായിരിക്കുന്ന ഈ പ്രകൃതിക്ക് എങ്ങനെ ഇതെല്ലാം ചെയ്യാൻ പറ്റും കർണാമം എങ്ങനെ അതി സംഭവിക്കും പുരുഷന്റെ ഭോഗത്തിനും അപവർഗത്തിനും വേണ്ടി ജഡപ്രകൃതിക്ക് എങ്ങനെ പ്രവർത്തിക്കാൻ പറ്റും അതുകൊണ്ട് കുറച്ചുകൂടി മുമ്പോട്ട് ചെന്നപ്പോൾ പതഞ്ജലിയെ പോലെയുള്ള ഋഷിമാരെന്തെയ്തു അവിടെ ഒരു ഈശ്വരനെ കൂടെ സ്വീകരിച്ചു അവർ പറഞ്ഞു എന്താണ് പ്രകൃതി സ്വയം ഇതിനൊന്നും ശക്തയല്ല അപ്പോൾ പ്രകൃതിയെ നിയന്ത്രിക്കുന്ന ഒരു ഈശ്വരൻ കൂടി വേണം അപ്പൊ സേശ്വരസാഖ്യമാണ് ആ ശേശ്വരസാഖ്യത്തിന്റെ തുടർച്ചയാണ് യോഗമെന്ന് പറയുന്നത് അതിന്റെ തുടർച്ചയാണ് ഭഗവത്ഗീതയിലും മറ്റും പറഞ്ഞത് ആശേശ്വരസാഖ്യത്തിലേക്ക് വന്നപ്പോൾ എന്ത് ചെയ്തു യോഗികളും പുരുഷന്മാരെ പലതായിട്ടാണ് സ്വീകരിക്കുന്നത് വേഗമായി സ്വീകരിക്കുന്നത് അത് കഴിഞ്ഞ് കുറച്ചുകൂടി ആ അത് ഒന്ന് പരിഷ്കരിച്ചപ്പോ പുരുഷനേകം തന്നെയാണ് എന്നും വന്നു ഭഗവത്ഗീതയിൽ അത്യുപാത്തിനായി പുരുഷനേകം തന്നെ അവിടെ ഈശ്വരൻ പിന്നെ പ്രകൃതി അങ്ങനെ മൂന്നായി മാറി ഇവിടെ ഈശ്വര സാങ്കേ്യത്യും നിരീശ്വര സാഖ്യതയും രണ്ടിനെയും നിഷേധിക്കുകയാണ് രണ്ടിന്റെ കാഴ്ചപ്പാട് ശരിയല്ല രണ്ടിനും പുരുഷ ബഹുത്വത്തെ അംഗീകരിക്കുന്നു പ്രകൃതി സത്യമാണെന്നും സ്വീകരിക്കുന്നു അത് ശരിയല്ല എന്നാണ് പ്രധാന സ്വീ പാരാർത്ഥ്യം സിദ്ധം നതു പുരുഷഭേദ പ്രയുക്തമതി ഇത്രയും ഭാവം കൊണ്ട് ഈ പ്രകൃതിയിൽ നിന്നും അല്ലെങ്കിൽ ശരീരത്തിൽ ഭിന്നനായ ഒരു പുരുഷനുണ്ട് ആ പുരുഷൻ അസംഗനാണ് ആ പുരുഷൻ നല്ല സുഹതുക്കാദികൾ അതെല്ലാം പ്രകൃതിയിലാണ് ബന്ധമോഷങ്ങളെല്ലാം പരമാർത്ഥത്തിൽ പ്രകൃതിയിലാണ് ഇത്രയും കാര്യങ്ങളിവിടെ സമ്മർദ്ദിച്ചിരിക്കുന്നത് അധ പുരുഷഭേദകൽപ്പനായ ന പ്രധാന സ്വീ പാരാർത്ഥ്യം ഭേതു അതുകൊണ്ട് പുരുഷ ഭേദകൽപ്പനയ്ക്ക് പ്രധാനം ഇതല്ലാതെ പ്രമാണമൊന്നും ഇല്ല പരസത്താ മാത്രമേവേത് നിമിത്തീകൃത്യ സ്വയംബദ്ധ്യതയെ മുച്ചതേജ് പ്രധാനം അവർ പറയുന്നത് എന്താണോ പരസത്ത മാത്രമേവോ നിത് ഏതെന്ന് നിമിത്യകൃതിയാണ് ഇവിടെ സേശ്വരസാഖ്യത്തെയാണ് ഇനി പറയുന്നത് പരസത്ത എന്ന് പറയുന്ന ഈശ്വരൻ ഈശ്വരസത്തയെ നിമിത്തമാക്കിക്കൊണ്ട് സ്വയംബദ്ധ്യതയെ മുച്ചതേജ് പ്രധാനം ഈ പ്രധാന സ്വയം ബന്ധനത്തിലും മുക്തിയിലും പരസ്യ ഉപലബ്ധി മാത്ര സത്താസ്വരൂപേണ പ്രധാന പ്രവൃത്തി കേവലം ജ്ഞാനസ്വരൂപനായിരുന്നു കൊണ്ട് സ്വസത്ത മാത്രം ആശ്രയിച്ചുകൊണ്ട് പ്രധാന പ്രവൃത്തിക്ക് ഹേതുവാകുകയാണ് അതുകൊണ്ട് കേവല മൂഢതായവ പുരുഷഭേദ അതുകൊണ്ട് പുരുഷൻ അനേകമാണെന്ന് കൽപ്പിക്കുന്നത് കേവലം മൂഢതയാണ് വേദാർഥ പരിത്യാകർ അങ്ങനെ ചെയ്യുന്നോണ്ട് വേദാർത്ഥത്തെ പുനിഷ താത്പര്യത്തെ പരിത്യുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞ് പുരുഷന്റെ ഏകത്വമാണ് വാസ്തവത്തിൽ സാങ്കേതികം സമർത്ഥിക്കേണ്ടത് എന്നിവിടെ ഭാഷകാരം പറയാണ് ഇനി തുടർന്നു വരുന്ന ഭാഗങ്ങളിൽ ന്യായവൈശേഷിക മതമനുസരിച്ചും ആത്മാവ് ഏകമാണ് പലതല്ല എന്ന് സമർത്ഥിക്കുകയാണ്